അവൻ നേടുത്തു ആവണം അതിന്റെ അഹനികാരോട് ഇങ്ങനെ മത്സരിക്കുന്ന വിഷയത്തിലും ആണ് മത്തായിനി തിന്നുന്ന വിഷയത്തിൽ കുടിക്കുന്ന വിഷയത്തിൽ മലവിസ് മറാത്തിന്റെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടെന്താണ് പൊമച്ചം കാട്ടുന്ന തിരുവടിയാ ഓന് കാറും വാങ്ങിയെങ്കിൽ വന്നാത്തവണ മുൻകെ മറ്റു കാര്യം വാങ്ങണോ വിധി വിട്ടിട്ട് റേഷൻ ഒക്കെ കൊണ്ട് കാറ് വാങ്ങട്ടാറുണ്ടല്ല ഏത് പേഷനും വാങ്ങിച്ചിരിക്കുന്നത് ഏത് പേഷൻ വാങ്ങാൻ അതിനെ കാണാൻ വേണ്ടി റേഷൻ കാർ അങ്ങനെ ഒരു കമ്പനിക്കാറ് ഒരു പ്രത്യേക കാർ ഒറ്റ രൂപ തുറക്കണം ഇത് കാര്യങ്ങൾ കൊണ്ടുപോകും അതിന് നല്ല കാര്യം اولائك هم الغافلون اولائك هم الجاهلون ذهب منهم مرمقدان قلت بني اجينا هذا قل هو الذي سترات ترى مرى حديثه طيبا تغلوا بال اذا ان من نعمه لقد اجى ان بعد الغروب والبناء اذا بعد الحدود وتظهر رسل القبور എന്നാണ് ഇത് പറഞ്ഞത് ധാറവൻ തകർ അകലൻ അപ്പോൾ ധാരുതും ധാറവ് കുറൂറുമായിട്ട് എത്ര അടുക്കുന്നു ആ തകലല്ലാന്ന് തോന്നുന്നുണ്ടോ അപ്പം പറഞ്ഞില്ലോ പിന്നെ ദാറവ് കുറൂർ യഥാ സ്ത്രൃതം അതിലേക്ക് അണങ്ങി കരുത് കബലിയുടെ താമസത്തിന് വേണ്ടി എല്ലാവിധ ഒരുക്കം അത് ചെയ്തു നോക്കരുത് അതും ഒരു നാബ് ശേഖരിക്കും പിന്നെ യോമൻ വേണ്ടി ഒരുക്കം കൂട്ടൽ ഇതൊക്കെ അച്ഛനെന്റെ പരിപാടിയിൽപ്പെട്ടതാണ് അബ്വാനി റബിയെന്ന് പറയുന്നു ചോദികൾക്കിന് ആ ശക്തിന്റെ ചുവലിൽ വന്നാലും മോശം പൊതു ഡിജിലും മോശം ഇത് അത് വന്നാലോ ായില്ലാണ്ട് പോയാലോ അച്ഛറാത്തിൽ കിട്ടിയില്ലല്ലോ അസറാത്ത കൊണ്ടുള്ള ജോലി അപ്പം വന്നാലും മോട്ടും വന്നിട്ടില്ലെങ്കിലും പോട്ടും ആരും ആക്കരുന്നോ മലർക്കും ഇത് ആ ശൈലീൻ ഒന്നിലേക്കും അടിയിലേക്കുണ്ട് എങ്ങോട്ടെ ശൈലീ ഇതാക്കലക്കാണത്തെ ചുവടൻ إنك تشيئان هذا إكمال آيال شغلًا إذا ما رأيان حسرت وعي هذا لا يتمر بالله أشغال الدنيا لا يتمر فيه إنه حسراتها لا يتمر فيه أقول إكمال آيال شغلًا إذا ما رأيان حسرت وعي رضو ركاله لها الدنيا هذا الدنيا يقول لك حياة علامة آيسة يتمر فيه وقتين في معناه عَلَى അപ്പൊ ശൈനത്തി പൊത്താമേത ഇതാക്കുമരാ അത് കാലത്ത് കത്തിറ കനതു അതിൽ ആദ്യം കിട്ടിവെക്കുന്നൊരു പാട്ടില്ലേ ദുര്യാവനുസരിച്ച് പറഞ്ഞുകൊണ്ട് അതിൽ പറയുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കി സെക്കാൻ മനുഷ്യൻ മതിയ ആരെങ്കിലും ദുര്യാദിനെ മകനു ചെയ്യുകയാണ് ഇഹന്തി ചെയ്യുകയാണെങ്കിൽ നോക്കി സന്തോഷമാക്കുന്ന ഒരു കാര്യങ്ങൾക്ക് വഴി എനിക്ക് സന്തോഷകരമായ ഒരു കാര്യത്തിൽ വിജ്ഞാപനം അത് എന്താണ് കൃഷിയിൽ നിന്ന് ഗാന്ധി തീർച്ചയായും അടുത്തുതന്നെ കരീമി ചെയ്തോ അതേ നാഗോട് ഞാൻ ശ്രദ്ധേക്കാൻ തോന്നുന്നു ഇത് പോയാൽ ഹർത്തില്ല അക്രത്തിന്റെ അതാ ഇത് അടക്കം ആയിട്ട് പോയാൽ ഹറ്ററത്തായി كتو موالا يجعله قانت كثيرا نمو مهاده همه رزيز وليه ماذا عبر الخاتمين جريد ربي الله عندي نوع جودي كفت مطا يكون المدير غصوب من الأقل ورد رجل يأتني ورد غصوبة رد فراغذيوكي ونعك الاخر الوريان فقاله فراغذي إذا كان للأمور مميزة ولها متصفحة ിസമിത അമനബിഹി വൈവ് ആരാദിമാണോ ആധാർ ഫൗണ്ടേഷൻ മുഖത്തിമ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും തമ്മിൽ ആക്കണം അതിന് നന്ദി നന്ദി ബഹുദിച്ച് അതിനെ അക്കും പാതിലും ബോധിച്ച് കരടും പൊടിയും നെല്ലും കല്ലെല്ലും ബോധിച്ചിട്ട് കമ്മിയില്ലാക്കി എല്ലാ കാര്യങ്ങളും ഇരിക്കുക അത് മുതക്കഫിയാണ് അത് മുതക്കഫിയാ അല്ല അതം തന്നെ അതിനെന്താ പറഞ്ഞ സാധകത്തിന്റെ പേര് പേജാത നോക്കിട്ടതിനെത്തി ഒരു മൊത്തത്തിലൊന്ന് മൊത്തം പോരാ അച്ചുപറച്ചൊരു മൊത്തത്തില പിന്നെ വഹമ്മ യോജിതോ അതല്ലാത്തതോ അതെ വാജിവാക്കുന്നതിനെ സംബന്ധിച്ച് വായിക്കാൻ അവൻ ആരൊക്കെ അങ്ങനെ അകം നിർത്തുന്നു ഇങ്ങനെ അത് മുഖേന ഈ പറയപ്പെട്ട രണ്ടു കാര്യം മുഖേന അവൻ നേർന്നു തരബല്ലാണോ ആ അതിന് ഇപ്പം മുൻകുന്നതാണ് നമുക്ക് കരുതി അതിന് എവിടതി അതിൽ നമുക്ക് ചെയ്യണം അതിന് വേണ്ടി മറ്റുള്ള എല്ലാത്തിൽ അതിന് മുഖർന്നു കൊടുക്കുന്നു ഈ രീതിയിൽ പൈതാൽക്കാന ഗതാഗതം ഇപ്രകാരം ആയിക്കഴിഞ്ഞാൽ പതിബത്തിൽ പിബത്തിൽപ്പെട്ടതാണ് പതിപ്പു അഹബുകളിൽ എല്ലാ പകലും ഇന്ത്യയിൽ യാത്ര ചെയ്യും ഇന്ത്യൻ പതിയിലെത്തുള്ള ഒന്നുമില്ല സമ്പന്ന ൂരി അറിവ് അവൻ തന്നെ പറഞ്ഞാൽപ്പെട്ട ഒരു കാര്യം കൊണ്ടുള്ള അറിവ് നല്ല ഇഷ്ടമാക്കിയ വ്യത്യാസം ഒരു സ്വഭാവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇവിടെല്ലാം കിട്ടുന്നു അതൊന്നും അത് പുറത്തു ശരി പറ്റാത്ത വൈദ്യാ പറയുന്നു വനസം മുഖലാന്ന് സുഹസിൽ പത്തനല്ല ഏറ്റവും അഹത്തും ഏറ്റവും ഔതവിമാരും കാര്യത്തിനെ സംബന്ധിച്ചുള്ള അവന്റെ ലോട്ടസത്തിനും അത്ര വെട്ടുണ്ടോ നോക്കുന്നു നഷ്ടതല്ല വരാം അവരെ ദിവസത്തിൽ പെട്ടതു നഷ്ട കൊണ്ടും തസ്തേതൊന്നും രക്ഷപ്പെട്ടത് എന്ന് വിളിച്ചു തരുന്നതല്ല തൊട്ട് ചെയ്യുമ്പോഴോ അത് പ്രവർത്തിയാണ് തക്തി ഒന്നുമില്ല അതുപോലെ ആയി അതുപോലെ അത് ലഭിക്കും സമിതിപ്പെട്ടു ഈ പറഞ്ഞാണ് ലഭ്യപ്പെട്ടു അപ്പോ അകത്തുപോലുമായ ഉന്നത്തുള്ള എതിർന്ന് തക്കാൻ പാടുന്നതായിരുന്നു ഭക്തിയുണ്ട് രക്ഷപ്പെടാനും പാടില്ല അങ്ങനെ ആയി തരുന്ന യും അമർമാൻ അവനെ വാദിബാഗന് ഒന്നിന് വൃത്തമാക്കി തീരുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്നാലും തിരുന്തോണം തറക്കത്താകും ആ മണ്ണിന്റെ ജവാബി ആൾക്കുന്ന കിട്ടണം തറക്കാൻ കണ്ടിരിക്കും മണ്ണിന്റെ ജവാദി അപ്പൊ തറക്കത്തക്കാവ അപ്പോൾ നമ്മുടെ മാറ്റിന്റെ കണ്ടിട്ട് എന്ത് പറക്കാവ വിമാ എന്തൊരു എന്തുകൊണ്ടുള്ള മീങ്ങിപ്പോകുന്ന ഒരു കാര്യം കൊണ്ടുള്ള തക്ക കൊണ്ട് ഒരു വരാം തറക്കല്ല വിമാനം പതാക ഇപ്പോൾ മോതിൽ വകുപ്പിൻ ചെയ്യുന്ന ഉള്ള അമലിനെയും ഒഴിവാക്കണം അതാൽ പോയിട്ട് ദുരിവാസി പേരുന്ന എന്തെല്ലാം ഉണ്ടോ അതിന്റെ ഒഴിപ്പിയാണ് ഈ പേരെല്ലോ ആ തകാവളും ഈ അമലും ദുന്യാളുപല്ലോ തോറാസിൽ തന്നെ ഒരു കാര്യങ്ങളുണ്ടാവുണ്ടോ അതിന്റെ ഒഴുക്കിപ്പോൾ അല്ല കമ്പറോ പ്രത്യേകിച്ച് ഈ വേണ്ടാത്തോട്ടങ്ങൾ തോന്നിയിട്ടുണ്ടാവും തോന്നുന്നതിന് പ്രത്യേകിച്ച് അത് അതിന്റെ പ്രതീക്ഷയിൽ പെട്ടതാകുന്നവര് അല്ലെങ്കിൽ അത്തരം ബിമായും ഉള്ളത് അതുകൊണ്ടാകുമായി ബന്ധപ്പെട്ട സുരക്ഷ وقال عليك ما تدوقانه لا يرى ما يذوقه كثير الدائل و كثير الحايل يصدّه التصابر به بل بي العمر بيامور العقرار ان نجمل او بند نفسنا ثغلاك بالقادين الدائل و ينجي فوقن القادين نعم ادوال و يثيرن هايل و يثير و يثيرون എങ്ങത്തെ എത്തിനും ഒരു ഹായിനുസ്ഥാപനമാണ് അതുകൊണ്ട് തോന്നായി കഴിഞ്ഞാൽ അവനെ തടയും അവൻ അമു അതുകൊണ്ട് അവൻ ചെയ്ത് തടയും അമ്മ ആസരത്തിന്റെ മുമ്മി അല്ലുഹാവു അന്നറിയാല അന്നദ്ദീനോമോ അതിന് നഗ്നായ്മയാവുകയും വയപത്ര അയെല്ലാം അതിന്റെ ഹണ് അമൽ ചെയ്യുന്നവന് അതിന്റെ ഹണ് ബാക്കിയാവുകയും ചെയ്യും അപ്പൊ അതിനെ തൊട്ട് കളയുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഒഴിവാക്കതാണ് ആറ്റിൻ്റെ അതല്ലാത്തത് മുഴുവനും പിന്യസിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ തള്ളപ്പൊഴും പറയാം മൗറോത്തും നമ്മൾ ഉപേക്ഷിച്ചു പോകുമ്പോൾ വേറാ കലന്തരം കിട്ടുന്നതുമാണ് ആ മുപ്പിക്കും നമ്മളുമായി ഒത്തിരി മൗറോത്തും നമ്മളിൽ നിന്ന് വേറാ കലന്തരം ഒടുക്കപ്പെടുന്നതുമാണ് അത് അപ്രകാരം തന്നെ ഉപജിച്ചിരുന്നതിൽ നിന്നത് ആത്മഹത്യ ബോധിക്കപ്പെടേണ്ടതുണ്ട് അനെയും അള്ളാഹു മഹായ ഹിതാവിനെയും അതിന് ഇവരെ ബോധിക്കപ്പെടേണ്ടതുണ്ട് നിമക്കഥാഴം ഈ സിപത്തില്ലാതിന് ആ തിരുന്ന് വിപത്തിൽപ്പെട്ടതാണ് അച്ചടി കൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളെയും സത്യസഭ പരിശോധിക്കണം എല്ലാം അഞ്ഞും തിഞ്ഞും നോക്കുക വല്ല പ്രതിയാ അതിൽ നിന്ന് പിടിച്ചെടുക്കലും മുകളിൽ നീലിയ അവൻ ഏറ്റവും ഔപ്പറായ ഹേദാണോ അത് വിളിച്ചെടുക്കണം വിട്ടു അത്ര قَرَّبَهُ تَعَالَى الَّذِينَ يَسْتَمِعُونَ الْقَوْلَ وَيَتَّبِعُونَ أَحْسَنَهُ ذَلِكَ جَزَاؤُهُمْ أَن يُثَبَّتُوا فِي جَنَّاتٍ تَجْرِي مِنْ تَحْتِهَا الْأَنْهَارُ قِيلَ ادْخُلُوا الْجَنَّةَ بِسَلَامٍ قَالُوا الْحَمْدُ لِلَّهِ الَّذِي هَدَانَا لِهَذَا وَمَا كُنَّا لِنَهْتَدِيَ لَوْلَا أَنْ هَدَانَا اللَّهُ إِنَّ اللَّهَ هُوَ الْهُدَى മീദ്ണ്ടല്ലേ അല്ലെ ഉമ്മൂറിലേക്ക് കൊടുക്കുമ്പോ അതെ ഉരു അൽബാബ് അവരാണ് അബ്ബാത്തല ഹിരാറ്റിലാക്കിയവർ അവരാണ് ഉരുൽ അൽബാബ് അതുകൊണ്ട് മജിസുന്റെ അൽബാബ് എന്ന് പേരിട്ടന്ന് തന്നെയാണ് അത് ഉസ്മാലിയ റസ്മുണ്ടാവ എനിക്ക് പോണോ ഉണ്ടാവും ആ ബിരാ പിന്നെ വധം ആ അതുകൊണ്ട് അല്ല അവരെ വസ്തു പറഞ്ഞു ഇതുകൊണ്ട് ഇസ്തമിയോടെ അഹസാന ഹുന്നവല്ല കൗരനെ അവർ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുന്നു എന്തെടുക്കണം എന്തെടുത്തൂടാ ഇതിലെന്ത് കയറുണ്ട് എല്ലാം കേട്ടതിന് ശേഷം കുടിക്കാൻ പറ്റും പിടിക്കാൻ വാക്കിയുള്ളതല്ല അതുകൊണ്ടാണ് ഗുരുല്ലാൽ ബാബിന് ഉള്ളത് അന്നും വായിക്കാം വായിച്ചിട്ട് എടുക്കാം പക്ഷെ വായിക്കുന്ന ആള് എല്ലാത്തിലാണെങ്കിലും വായിച്ചല്ല ശരി ആൾക്ക് പിന്നെ വായിക്കും പിന്നെ ആവശ്യം ഒന്നും ഉണ്ടാവില്ലല്ലോ എന്താ വായിച്ചല്ലേ ശരി ആ വാചാരക്കാരനെന്താക്കറിയോ അന്റെ ആശയത്തിലേക്ക് ഇവരെ പിടിച്ചുകൊണ്ട് വിളിക്കും അത് അത്തരക്കാർക്ക് വായിക്കാൻ പാടില്ലല്ലോ വായിച്ചിണ്ട് லல பாவு என்ன நென மதிசுருனது பாவு என்ன நான் என்ன அர்த்தம் நல்ல நடக்கிற யோவு உலல பாவின வைனார் சொல்ல பா தவுル கோலி ஹம் தவுル கோல் ஆ தவுル தப வைன்னமா வகதத ந عليهم அல்லாஹ் சுபஹானஹூ வதஆ கூட்டருக்கு தனாவு செய்தல்லோ عندما يصفهم الله تعالى به الله تعالى وصفر لنا الله داته ونطبر ينهم ولل الباب ينهم او رسول عندما تعالى ورعاة جلل الاجبات ون استماعه القولم اتباع للا حسن للا حسن استماعي بلد بلد الله حسن هذا لا للا خطيب يحسن الله عمور اندا استماعيها استماعه وصفر لنا احسن الله عمور ورده بسوئة الله ിഹ് നഫ്ആാൽ എപ്പം കാലാകാലം ബാക്കിയാകുന്നതാണ് അഫ്ദലൂർ പറഞ്ഞത് ആജിരലും ആജിരലും ആജിലേക്ക് ആജി പറാണ് ആക്കിലേങ്ങളെ മുഴുവനും മന്നാഹു തല കിതാബിൽ കൂടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്താ കലാമുൽ തുടങ്ങി കഥാമു കഴിഞ്ഞു ഇത് വളരെ മെച്ചപ്പെട്ട കഥാമാണെന്നാ പറയും പറഞ്ഞ പോലെ അമൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും മേൽപറയപ്പെട്ട ആക്കിളിനെ കൊള്ളിയാണ് മുസന്നിഫ് റബിയിതാബിന് തിരിച്ചു വെക്കുന്നത് نحن نقول لكن يا صاحب الأقل الحسيف الوافر إياك أنت صديمك الها وافر أقل الناس يقول الحسيف الناس يقول تتبتتت أقل علىك أكثر من الأقل من الله فهذا رأنا ترم أنه يقول لك كل شخص مبغيكات വാക്ക് സമ്പൂർണമായ അപ്പൊ നല്ല കെട്ടുറപ്പുള്ള സമ്പൂർണമായ അക്കളുടെ മനുഷ്യ നീ നിന്നെ സൂക്ഷിച്ചോക്കൽ ഹവാഫിർ എന്താ ഹവാഫിർ ഹാഫിർ എന്നതിന് ജമ്മാളല്ല ഹവാഫിർ ഹാഫിർ എന്ന് പറഞ്ഞാൽ കുളമ്പുള്ള മൃഗത്തിനാണെന്ന് എന്ന് പറയുന്നത് ഹാഫിർ എന്ന് പറയുന്നത് അപ്പോൾ കുതിരപ്പുറത്ത് കയറി വലിയ നേതാക്കന്മാരിൽ കൂടി ഓടി വരാൻ പോകുന്നുണ്ട് നീ വെയിൽ തടഞ്ഞു പോണ്ട നീ അക്കൂട്ടത്തിൽ ഓടാൻ ശ്രമിക്കണം അത് ബൈക്കര്യം എന്താകും ഓരോന്നിനും തടഞ്ഞുപോകും അതിൽ നിൽക്കണ്ടോടിക്കോ കൂട്ടത്തിന് അപ്പോൾ ഈ രംഗത്ത് പ്രവർത്തിക്കാതെ കണ്ട് നീ മുടങ്ങിയിരിക്കുന്ന ആളാകാൻ പാടില്ല എന്നതിലേക്ക് സൂചനയാണ് അൽ ഹീ എന്ന വർണിൽ മുഹമ്മലത്തി സ്വാദ് കൊണ്ടുവായിക്കണം വൽ ഫ ില്ല പരിചിച്ചു അവന്റെ ചെരിപ്പൂരാത കാലത്തോളം അനിൽ കൗണി രണ്ടു ലോകം രണ്ടു ലോകം ഉണ്ടല്ലോ يا كوادر المسجد نتوت حتى يصلح عليه هو والدش رتاله من الكونين രണ്ടു লোকম രണ്ടു লোকട്ടുണ്ട് ন্যায়ലും অতঃপর নিয়ম ама গনিছ রিলান দিলওয়ান মুহাববতেকে মাত্রাকরণ ওয়াতখাত্তা বিহিমতি অবنده হিমত কোন্ডവൻ চাদিকড়কণ রুনুদতারাই രണ്ടു വീട്ടിലുമുള്ള ഹന്നുകളെ ചാടിക്കിടക്കാത്ത ഹർത്താന്ന് പറഞ്ഞത് ഉള്ള അപ്പുറത്തേക്ക് കിടക്കലുണ്ടല്ലോ കമാക്കാരൾക്കായിരൂ ആ ഉറപ്പാട് ഇല്ല പടി ദേശം പോരാട്ടും അപ്പൊ ദേശം പോയി ചെക്കും അതിനു മുമ്പ് എന്താണ് ചൂജ അൽ മഅ്വൂലിനാ നൻബയ്യിനാ വഅതുനാ ഇന്ദഹു മസ്റൂഫുൻ അൽ-അ്തബീമു അൽ ൂന്ന ഹീഫ് എന്ന് പറഞ്ഞാൽ നല്ല ലഹിക്കാത്തപ്പെട്ട നല്ല ശക്തി പ്രാപിച്ച സാധനത്തിൽ എന്ന് പറയും നല്ല തയ്റ്റയറ്റി നെളപ്പൊട്ട വഴിക്കാത്ത നല്ല തിരിച്ചുള്ള സാധനം അതിനാണ് ഹസീദ് എന്ന് പറയുക പറയത്തോണ്ട് തൗബുൽ ഹസീദ് എന്ന് പറയും നല്ല നെയ്ത്തായും വെളിച്ചു പൊട്ടാതെ വിത്തലില്ലേ പട്ടിട കടിച്ചിട്ടിങ്ങനെ തീർന്നു കളിക്കോട്ടത്തി അതാണ് ഹസീഫ് വഹുവ നിഫീഫ് ഹഫീഫിന്റെ ലോകത്തിച്ചാണ് ഹസീഫ് സദമെന്ന് പറ ആ സദമെന്നല്ലത് വഹുവത്തുമോ എന്ന് അവിടെ കാണുന്നു പക്ഷെ അങ്ങനത്തെ പൊതം അറവിരോഗാനില്ല റാഗ് കൊണ്ടാണെങ്കിൽ മുപ്പത് പറഞ്ഞൊക്കുമായിരുന്നു കരം ഒരാൾ ഭാഗത്ത് പറഞ്ഞാൽ വൈബോ അമ്മ തടഞ്ഞു കൊടുക്കാം മുന്തു ഒരാൾ കുതിരപ്പുറത്ത് കയറിയിട്ട് സ്വീഡിൽ വരുമ്പോ വഴിയിൽ ഒരാൾ ഉണ്ടാക്കി തടഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പൊ അയാളും ഇത് തട്ടിട്ട് അയാൾ വീണ്ടു പോകാൻ കാരണമാകുമല്ലോ അപ്പൊ അതേ വീടിൽ പോകുന്ന ആളായ ഏറ്റുമുട്ടലില്ലല്ലോ അങ്ങനെ കൂടെ പോയിക്കൊള്ളുമല്ലോ മൂപ്പറ് ബുദ്ധിജീവിയായ മനുഷ്യ കുതിരപ്പുറത്ത് കയറിയിട്ട് കുറെ ആളുകൾ ഇരുന്നുണ്ട് അവർ നിന്നെ തടഞ്ഞു പോകാനാക്കണ്ട വെളി അറിയാനാക്കണ്ട നീ ഓടിക്കുന്നല്ലേ പറയുന്നു നീ നല്ലോണം ഇതിൽ രംഗത്ത് വന്ന് പ്രവർത്തിക്കുന്നല്ലേ പറയുന്നു അതാ ഞാൻ എഴുതിയില്ല റത്തം വന്ന ഇസ്തഹ തറാക്കം ആ നർത്തേർക്കും കൂടുക വെളിയിലറിയാം റോഡ് ബ്ലോക്ക് ആവുന്നതാ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുമ്പിൽ സ്പീഡ് വണ്ടി വന്ന എല്ലാത്തും റോഡ് ബ്ലോക്ക് ആയില്ല ീ ലോകത്തിനാന്ന് കാണുന്നത് അല്ല ഈ ലോകത്തിനാന്ന് അവിടെ പോയണ്ട പ്രത്യേക ആവശ്യം തോന്നുന്നില്ല അപ്പൊ ദത്തുമിന്റെ ഭാഗം റത്തുമെന്നാണ് ഇവിടെ യോജിപ്പ് തോന്നുന്നത് ഇനി പറഞ്ഞാ പദം വന്നാടെ അറബി തന്നല്ലേ പക്ഷെ ദത്ത റത്ത്മ് അറബിയിലുണ്ട് അതിന് മൂപ്പിക്കാൻ അഖലിൽ എന്നാണ് തത്മിക്കലിന്റെ ശ്രോത്ത ആനന്ദായി അഫലത്തുകൊണ്ട് പിന്നെ പിന്തലുകൊണ്ട് വഴിയിലിരുന്നു പോവുക വഴിമുടങ്ങി പോകണ്ടല്ലോ യാത്ര ചെയ്യില്ലാതെ സൈറില്ലാതെ മർത്തവയെ തൊട്ട് നീ ബേക്കോട്ടടിച്ചു പോണ്ട അതുകൊണ്ട് നീ പൊരുത്തപ്പെടല്ല എന്നാണ് നൂപ്പർ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ അങ്ങനെ ഇരുന്നാലും തോ തരീക്ക് സൈൻ ആ തരീക്ക് നീ ഇരുന്ന് പോകും ഇരുന്ന് പോകുമ്പോൾ കുതിരപ്പുറത്ത് കയറി വരുന്നവരുക തരേക്ക് നീ ഇരുന്ന് പോകും ഇരുന്ന് വേർതുമ്പം കുതിരപ്പുറത്ത് കയറി വരുന്നവരി വരണ്ടാവും സൈറുവായിട്ട് വരുന്നേ ഒരു ബൊമ്മലി അവർക്ക് റോഡ് ബ്ലോക്ക് ആവും എന്താക്കും നിനില് വെടി ബ്ലോക്കായി തെരഞ്ഞു പോകും വയസ് വീക്കോ കൈലാ അറുത്തുമ്പത്തിൽ കമാൽ കമാൽ ഒത്തുമ്മയിലേക്ക് അവർ നിന്നെ കൂട്ടാതെ എന്താക്കും റോഡിലേക്ക് എതിരെ കടന്നുപോയിക്കളുകയും ചെയ്യും ം കാലാണെങ്കിലും നിന്നെ കൊണ്ടു ഇവിടെ വഴിമുണങ്ങി പോയല്ലോ അങ്ങനാകണ്ട എന്നാണ് ഉപ്പർവീന്റെ സാരം പാട്ട് പാടുന്നു സിബാഖിനെ നീ മുറുകിടിച്ചോ സാബക്കിക് മുസാബക്കത്തൻ മുസാബക്കത്തിണ്ടല്ലോ ഞാൻ ഞാൻ മുന്നോട്ട് നിന്ന് പറയുന്നേ ആ മുസാബക്കത്തിന് നീ മുറുകപ്പിടിച്ചോ കൗലാലും നഫ്സിനെ നീ എപ്പോഴും ബോധവാനാക്കണം മസ്ബൂഖ് അഞ്ഞാലുണ്ടാകുന്ന മനോദുക്ക് മതം നമ്മൾ സ്ഥാപിക്കാവാതായാൽ ഒരാൾ സ്ഥാപിക്കാവും അപ്പൊ നമ്മളാരായി മസ്ബുക്കാവും മസ്ബുഖാകുമ്പോ ഉണ്ടാകുന്ന ആ നാണക്കേടും ആ മനസ്സിലുള്ള ക്ലേശ അത് നഫ്സിനെ നീ എപ്പോഴും ബോധവനാക്കിക്കോ മസ്ബുഖാണ്ട മസ്ബുഖല്ലെന്ന് വെച്ചു ഇബിൽ പറയുന്നു يعني بيثتني أخي لكي <سؤال> نيانا وَجِدَّ جَدَّ يَجِدُّ وَنْ عَمْرَانَ يَجِدَّ نِفْسَ رَكَ جَدَّ يَجِدُّ وَجَدَّ وَنَوَنَ بَشْرَمِكِ أَيْنَمْ قُلَانِ يَجِدُّ عَمْرَانَ يَجِدَّ جِدَّ عَزْمَا أَقَنَّ سَيْفُ قُنْدُ صَوُف <صحة> عندما يصَوفا أَقْبَقْ لِمْحَنَا ഫൈൻ തജിദ്ദാക്കട്ടെ ജദ്ദീദ് താജീദ് അപ്പൊ അതിന് ഇതാമു ചെയ്തിട്ട് വയ്ക്ക് ഫൈൻ തജിദ്ജിദ്ദെന്നു പറയാൻ തജിദ് അപ്പൊ വെയിത്തിനുണ്ട് എന്താക്കി ശബ്ദം കളയാ ഫൈൻ തജിദ് നീ നല്ലോണം അധ്വാനിക്കുകയാണെങ്കിൽ തജിദ് അഫ്സൻ Mind, ം കിട്ടുമെന്ന് നല്ലോണം നയിച്ചാൽ എന്താകും നർസിന് പൃത്തം കിട്ടും ഫൺ നഫ്സ് കാരണം നർസിന്റെ ആനന്ദാന്നറിയോ ഇഞ്ചിത്തീ നീ അധ്വാനിക്കുകയാണെങ്കിൽ അതും അധ്വാനത്തിന് നൽകും എന്നതാണ് നർസിന്റെ സ്ഥിതി നീ എങ്ങ് വേണ്ടെന്ന് വെച്ചാൽ നഫ്സും പിന്നെ നമുക്ക് നബ്സങ്ങ് നോക്കും നബ്സിന് ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ താൽപര്യം നീ നല്ലോണം അധ്വാനിച്ചണെങ്കിൽ നഫ്സും ഷറയ്ക്ക് അതിൽ കയ്യിലെടുക്കാം എവിടെ അല്ല ഇഞ്ചിത്തീ ആ തായത്തായ വൈത്താണല്ലോ അവിടെ അച്ഛൻ പേര് വഴിക്കരുത് അതിലുള്ള ഇതിന്റെ മൂപ്പറുഭാഗം നിന്റെ തായത്തായ വൈറ്റാണല്ലോ ഇഞ്ചിത്ത അപ്പൊ ഇഞ്ചിത്തറിയുന്നു ഇഞ്ചിത്തുണ്ടാവുക നീ നല്ലോണം അധ്വാനിച്ചാല് അപ്പൊ ജിത്ത് കൊണ്ടുള്ളൊരു പ്രാസപ്പിച്ച് ബെയ്ത്ത് അപ്പം ചോദിക്കും ഞാൻ ഞാൻ ഈ ഓവർ ടേക്ക് ചെയ്യുമ്പോ ഓരോരുത്തർ ഇഹിലാസിന് കുറവുണ്ടാവൂല്ലേ ഓം മേക്കോട്ടാണെന്ന് ഞാൻ മുന്നോട്ടാണെന്ന് പറയുമ്പോ വെറുതെ ഇഹിലാസിന് ഒരു കുഴപ്പം തോന്നുന്നില്ലേന്ന് അല്ലെ അതിനും മറുപടിയാ പറയുന്നു ിൽ മറാത്തിബി മഹമൂദുൻ അള്ളാഹുവിനടുക്കൽ ഉന്നതമായ പതിവുകൾ കിട്ടാനും അള്ളാഹുന്റെ വഴിപ്പാടിനുമുള്ള തനാഫുസ് ഞാൻ ഞാൻ മുന്നോട്ട് എന്നുള്ളത് അത് മഹമ്മദ് തന്നെയാണ് എന്നുള്ളത് മുത്തനാഫിസുകൾ ഈ വിഷയത്തിൽ ആയിക്കോട്ടെ അള്ളാഹു തല വന്നിട്ടുണ്ടില്ലേ لا منه ورفيل لا ان هو لا يم انزال من سال مجاهدته في مقابله هذا الحرف ي لخم وچون مجاهد اصلا انه عشان برو ملصرم ادنه لخم مكن مولانا يم مرنلو اذن اخلاص لديه بالجهاد نفسه في تحقيق العبوديه والقيام بولايت الربوبيه ربوبيه ശരിയായ അബിതാകൻ ആ തഹീക്ക് വരുത്താനും അള്ളാഹുവിന്റെ റബോമിയത്തിന്റെ വലായഫുകളെ കൊണ്ട് ശരിക്ക് നിലനിൽക്കാനും അതാണെന്റെ ഉപദിയത്തിൽ നിൽക്കല് അതിന് വേണ്ടിയിട്ട് ആയിരിക്കട്ടെ നെഫ്സിനോടുള്ള ജിഹാദ് എന്നല്ലാണ്ട് ഒരാളെ ഓവർടേക്ക് ചെയ്യൽ എന്നത് മാത്രം ലക്ഷ്യം ആക്കൽ വേണ്ടാന്ന് അർത്ഥം തോന്നുന്നു അതേ വായ്പ ഇതെങ്കിൽ പ്രത്യേകമായ എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുന്ന ആ ഹർസ് ഒരു ആനുകൂല്യം അതിനെ തരണ്ടാലിക്ക അപ്രകാരമാക്കിയാൽ തഹിക്കുത്തിൽ ഹവാസ്ഹിക്കുന്ന ഉൽഹക്കു എന്നുള്ളത് എന്തും വല്ലാഹ്വാരം ഇനി എന്താ പറയാ മോന്ന് നീ നുഞ്ഞാ പോയിട്ട് ഇങ്ങനെ കെട്ടിത്തിരിയുന്നുണ്ടല്ലോ ഈ ദുഞ്ഞാവുമായിട്ട് എത്ര തിരിഞ്ഞാലും നീ വേണ്ടാന്ന് വെച്ചിട്ടില്ലെങ്കിലും ദുഞ്ഞാവ് ഒരവസരത്തിൽ നിന്നെ വേണ്ടാതെ നോക്കൂ ആ തന്തിനെയും തന്നേ മതി ഇപ്പോ ഒന്നോർത്ത് ദുഞ്ഞാവ് നിന്നൊരു കാലത്ത് എന്താക്കും പിരിച്ചുവിടാണ്ട് കൂല അതുകൊണ്ട് അതിന് മുമ്പായാലും നീ എന്താ ദുഞ്ഞാവ് രാജിവെച്ചോന്ന് നമുക്ക് ദുഞ്ഞാവ് നിന്നെ പിരിച്ചുവിടും ഒരു കാലത്ത് ആ പിരിച്ചുവിടുന്നതിന് മുമ്പ് നീ ദുഞ്ഞാവിനെ അങ്ങോട്ട് പിരിച്ചുവിട്ട എന്നിട്ട് കാര്യം നടത്തുക അലർത്തിയാന്നെ തൊട്ട് പിരിഞ്ഞു പോകും ഇല്ലം തർഹൽ അന്ന നീ അതിനെ തൊട്ട് പിരിഞ്ഞു പോകുന്നില്ലെങ്കിലും ഈ കൽ കൽബുകൊണ്ട് തടികൊണ്ട് പിരിഞ്ഞു പോകുകയില്ല ദുഞ്ഞാവിനെ അടിവഞ്ഞ് പോക്കും കൽബ് കൊണ്ടാണല്ലോ ദുഞ്ഞാവിനെ വണ്ടാന്ന് നോക്കല് അത് വെച്ചിട്ടില്ലെങ്കിലും ഒരവസരത്തിൽ ദുഞ്ഞാവ് എന്താക്കും നിന്നെ ഇങ്ങോട്ട് ചാടും لقد غضى الكون لديك صافر ان لم تكن فيه كمل موصافر لقد غضى الكون لوضم عيقوندريكيا انا لديك نندكل صافر ادي سفر ಹೋಗುದು ಓರತ ಎಲ್ಲ খালি ಆಗುವುದು ಅರ್ಥ ಒಂದি ನೀನು ಕೈನಿ ಓರ್ನಾಗಿ ಕೆഞ്ഞി ಕೆഞ്ഞി ಕೆഞ്ഞി ಹೋಗೆಯೆ ಮಗನೆ چیکಪಟ್ಟ ಓರೆ ಹದ್ದುಗಳು ആ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു പോകാന്ന് ഇതേപോലെ എപ്പൊക്കൂല അപ്പൊ നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കില്ല അതെ പോയി കള്ളാസിന്റെ അറ്റം കത്തിച്ചാലേ അതെ കത്തിച്ച് കത്തിച്ച് ഇങ്ങനെ തീരല്ലേ താങ്കൾക്കൊന്ന് മസര കിട്ടി അങ്ങനെ പൊതുവേ പറയലിന്റെ അയാളായി ജീവിച്ചുകൊണ്ടിരിക്കും അത് ജീവിതം ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ കാലിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സാഫിന് രണ്ടർത്ഥുണ്ട് ഒന്ന് മുസാഫിർ സഫറാന്റെ മുസാഫിറുണ്ടല്ല ആ മേനാക്ക് സഫർ പോകുന്നതെന്നും അർത്ഥമുണ്ട് ഹാലിന്നും അർത്ഥമുണ്ട് രണ്ടർത്ഥ പ്രകാരം കുറച്ച് അറിയുന്നതാ ശരിക്കും വന്നാൽ റദാന്റെ നായി എന്താന്ന് ഹബറായിക്കുണ്ട് സാഫിറാന്നാ പറയേണ്ടത് റദാക്കെന്തുണ്ട് കാലവാഹമാൻ്റെ അമലിൽ ഉണ്ടാവില്ല കാനന്റെ അമലാന്നല്ലോ അപ്പൊ ഇസ്മിൻ റഫും ഹാബർ നസ്ബും ഉണ്ടാകും അപ്പൊ ലക്കത് കതൽ കൌലു ലതയ്ക്ക് സാഫിറാണ ഉണ്ടാകല്ലേ ഈ ദുഞ്ഞാവ് നിന്റെ അടുക്കൽ ഹാനിയായിക്കൊണ്ടിരിക്കുകയാണ് ഒരർത്ഥം അല്ല അതിങ്ങനെ സഫർ പോയിക്കൊണ്ടിരിക്കുകയാണ് അർത്ഥം പറയും ഗില്ലം തക്വൻ ഫീഹി നീ അതിൽ അറിഞ്ഞില്ലെങ്കിലും ഇതുപോലെ കമ്പൽ മുസാഫിർ സഫർ പോകുന്ന പോലെ പോലെ ആകുന്നില്ല നീവിടെ ശാശ്വതമായി ജീവിക്കുന്ന ആളോ ഇപ്പൊ ഉള്ളത് സഫർ പോകുന്നു എന്നെ പറയുന്നില്ല നീ അതിൽ ആരാധിക്കണം സഫർ പോകുന്നു എന്നെ മാതിരി വിചാരിക്കണം കഴിഞ്ഞ മറന്ന കഴിഞ്ഞ് വരാനുള്ളത് കുറച്ച് ബാക്കിയെന്ന് ഇനി അത് തൃത്തിറ്റ് അവസാനിക്കും എന്നുള്ളത് കൊടുത്തു നിറാ നല്ലത് വിമാന സാറാന്റെ വാനാക്കാർ സാഫിർ എന്ന് പറഞ്ഞ അൽ ഹാലിമിന് ഒരു ഷൈനെ തൊട്ട് ഹാലിന്ന അർത്ഥം ആ അർത്ഥ പ്രകാരം എന്തായി ലോകം നിന്റെടുക്കൽ ഹാലിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നും അതുകൊണ്ട് അർത്ഥം കൊടുക്ക മുന്തെങ്കിൽ മറ്റു അർത്ഥം കൊടുക്കാൽ സഫറ ഫുലാനും എന്ന് പറയുന്നുണ്ട് أَبَا يَجِمْهَاكُمْ مَنْدَاكُمْ وَيَجِمْهَا لَا سَفْرٍ كَ رَاكِبٍ وَرَكِبٍ إن ورئيم بلن سافر سافر سافر بوغن نالغل راكب راكب وررقب أسفرم إن ورئيم بلن دن دارتون قدقا يقول رضي الله ورئينه لقد سار القون مصافر ان أنك اين وانا برغارة انت انداوت وانا برغارة ഒന്ന് ഹാലി എന്നും ഒന്ന് മുസാഫിർ രണ്ടർത്തം കൊടുത്തത് രണ്ടാമത്തെ അവന്റെ പ്രകാരം ഉപ്പുറ പറഞ്ഞേ ദുഞ്ഞാവ് അടുക്കൽ മുസാഫിറാവുകയാണ് എങ്ങനെ ബി മൗത്തിക്ക നീ മരിക്കലുകൊണ്ട് ഇല്ല ദുസാഫിർ അന്നു നീ ദുഞ്ഞാവ് എന്നത് ഇല്ല പോന്നില്ലെങ്കിലും വി ഹിമ്മത്തിക്ക അത് അഞ്ചു പണി നടത്തുന്നുണ്ട് അപ്പൊ മുസാഫ് വേനക്കാന്ന് അബ്ദുല്ലാഹി നമർ തങ്ങളോട് പറഞ്ഞു അവിടെ നമ്മൾ വിടുത്തു നിൽക്കുന്നത് ഈ ദുഞ്ഞ വലിയൊരു ഹലീബിന്റെ മാതിരിയാകണം അല്ലെങ്കിലോ ഒരു യാത്രക്കാരന്റെ മാതിരിയാകണം അപ്പൊ നീ സഫർ അപ്പൊ ഓരോ നാളും നമ്മുടെ സ്വന്തമല്ല ഇങ്ങനെ ഇറങ്ങിയിറങ്ങി പോന്നു എന്നതുപോലെയാവണം എന്ന് പറഞ്ഞതിലേക്ക് മുസന്നിഫിന്റെ കലാം സൂചിപ്പിച്ചു അബ്ദുല്ലാവിൻ അമ്മർ തങ്ങളായിരുന്നു യൂറോറ് പറയും വിരാ അസുബത്തെ പല തന്തനിരയിൽ മസാഅ നേരം വെളുത്താൽ വൈകുന്നേരമാകും എന്ന് പ്രതീക്ഷിക്കണ്ട വൈകുന്നേരമായാൽ നേരം കൊടുക്കുമെന്നും പ്രതീക്ഷിക്കണ്ട ഒരു മാനവി ഇനി ഹാലീനമായ അർത്ഥപ്രകാരം വീക്കിനെ കൊടുക്കണ്ടേ يقول الربي الله عنه لقد صار الكون خانيًا عندك من الخير عندنا երතර प्रकारे سفر سافر عندنا രണ്ട് അർത്ഥങ്ങളുണ്ട് ഒന്നാമത്തെ അർത്ഥപ്രകാരം അപ്പോൾ tertib ഇതിന്റെ അർത്ഥം വ്യക്തമാണ് കൊടുത്തത് എപ്പം illam tazhhad fika niyatan zuhda wa tawajjum wa safir an bi himmatika നിന്റെ ഹിമത്ത് കൊണ്ട് അതിനെ തൊട്ട് സഫറും പോകാത്ത പക്ഷം അതിങ്ങനെ ഹാനിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് റബ്ബിക്ക റബിൻ ഇമാതത്തുകൊണ്ട് ശുഖലാവാത്ത വച്ചവും ആ ലമ്മിന്റെ അല്ല വൽ ഹാസിലും രണ്ടർത്ഥപ്രകാരം ഹാസിലെന്താണ് അന്നൽ ഇൻസാനീൻ ഇൻസാനും കൌനും ഉണ്ടാക്കുന്നുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മത്സരിച്ചോടുകയാണ് മനുഷ്യനിങ്ങനെ ദുഞ്ഞാവ് കുടിക്കാൻ വെച്ചപ്പോ ദുഞ്ഞാവ് ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ വായ വാറ്റസാർ ആ രണ്ടാളെന്താക്കും അടിപൊടി കൂടും ഓവർടേക്ക് ചെയ്ത് ബസ്സുകാർ ആണെന്നില്ലേ അടിപൊടി കൂടുന്നു സിലവസ്സുകാരൻ അടിപൊളി കൂടുകൂടുമ്പോളെ മറ്റു ബസ്സുകാരും അടിപൊളി കൂടലുണ്ട് ഇതിലാണല്ലോ കൂട്ടിമുട്ടി മത്സര ഓട്ടത്തിലാണ് അപകടം സംഭവിച്ചതെന്ന് പറഞ്ഞ ഒരാള് കൌരിനെ ഓവർടേക്ക് ചെയ്തു അതിന കാലി ബാക്കി ഇങ്ങനെ ഇതിനാ വേണ്ടാന്ന് വെച്ചുകൊണ്ട് എന്താ ഓവർടേക്ക് ഇപ്പോ അമ്പോട്ട് വായിമതി അമ്മാവിനുള്ള കാര്യങ്ങളെ തൊട്ട് റായ്ബാബല് കൊണ്ടും അതാണ് ഓവർടേക്കിന്റെ രീതി ആയാൽ എന്തിൽ ഹി ദുഞ്ഞ എന്തിന്റെ മേലൊക്കെ ചുറ്റിന്നുണ്ടോ അതിനെല്ലാം സുഹുദാബല് കൊണ്ടും അതേ തൊട്ട് വായ്പാബൽ കണ്ടും ഹിമത്തിനതുമായിട്ട് ബന്ധിപ്പിക്കാതെ കണ്ട് അങ്ങോട്ട് ഉയർത്തി ഹിമത്ത് അതിനേക്കാൾ വലിയ കാര്യത്തിലേക്ക് കൊടുത്തുവിട്ടു എന്നാൽ ഹാദിമഹുൽ കൗനു കൌന് ഇവരിക്ക് ഹിരുമത്തെടുക്കാൻ പറ്റും ബി ആസിഹി മുഴുവനും ലോകം മുഴുവനും ഇവരിക്ക് അവനായി മാറും കണ്ട നമ്മൾ അവനിന്റെ അർത്ഥം വന്നിട്ടുണ്ടോ على السير إلى ربه ربنا كل سير جهبار الله عونا اعتمار النوم بل إنما ترم الله يصير عبدًا له عونا غلما ترم الله عبدًا ينهار يندرونه عونا يندبان الله عبدًا يقولون إلا الله يبالك ودنينه يبرون لله عبدًا يتشاهدون ഇവൻ ഇവന്റെ ഹിമ്മത്ത് കൊണ്ട് എന്ത് വിചാരിച്ചോ അതുപോലെ ലോകം കൊണ്ട് കളിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ലോകം അടിമയായി മാറും എന്നാണ് പറഞ്ഞത് അല്ല ഒരു ചിത്രം ലോകത്തിന് ഇവൻ ഓവർടേക്ക് ചെയ്താലും ഇത് ലോകം ഇവൻ ഓവർടേക്ക് ചെയ്താലോ ലോകത്തിന്റെ അടിമയായിട്ട് ഇവനായിട്ട് മാറും തിരിച്ചുവരും അത് പറയും കമ്മകാല ഷായു പറഞ്ഞിട്ട ും ശരിക്ക് വശത്താകുന്നതാണ് വെളിപ്പെടുന്നതാണ് വൽഅനാമു അല്ലാറുവിന്റെ പടപ്പുകൾ മുഴുവനും അബീര നിനക്ക് അടിമകളുമാണ് എന്ന് ചാരു പറഞ്ഞതുപോലെയായി അതുകൊണ്ട് ഫൈസ് നീ അങ്ങോട്ട് ജീവിച്ചോ ൌമിൻത്തു യോമിൻമിഖ് നിന്റെ ദിവസങ്ങളിൽ പെട്ട എല്ലാ യോമു ഐദുൻ നിനക്ക് പെരുന്നാളാണ് പിന്നാൾ എന്ന് പറയുമ്പോഴേ ജൌമുദ്ദീൻ എത്തും ഒരു സന്തോഷത്തിന്റെ ദിവസമൊന്നല്ലേ പണ്ട് അബുലബ് ബാസു മുഹീൻ അങ്ങനെ വന്നു നമുക്ക് എല്ലാ രാത്രി ഏകത്തും അതിലാണ് ആ പറഞ്ഞതുപോലെ എല്ലാവരും കൊസ് എടുക്ക ويميل برفع قدر الله انه يقول وفي سكرتين منا ولو عمر ساعه تردد عبدا طائعا ولد الحكومون ان داخل في المعنى وفي سكرتين منها بنادى من ذلك الدنيا لديك അത് അമീർ കരിയത്തോണ്ട് മടങ്ങുന്നത് പിഞ്ഞാബിലേക്കല്ലേ അതിന്റെ സക്രത്തിൽ അപ്പൊ അതിനുള്ള വഴി പറഞ്ഞിട്ടില്ല വല ഒരു മണിക്കൂർ സമയത്തിന്റെ അമൃതായാലും ശരി നീന്താക്ക് അതിന്റെ സക്രത്തിൽ നിന്ന് കേസിലാകുന്ന താറ അതിന്റെ ജവാബില്ലേത് ഒരു മണിക്കൂർ സമയം എങ്ങാനും ദുഞ്ഞാവന്റെ സക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ അർത്ഥം കൊടുക്കാത്ത ആൾക്കാർ അതിന് മുമ്പിൽ വരിവ് അറിയാത്ത കാലത്തോളം അത് പൂർത്തിയെന്നില്ല ആ മൂപ്പർ സാധാരണ പറയാനുണ്ടായിരുന്നു നമുക്ക് ഇങ്ങോട്ടാ മടങ്ങുന്നു തറദ്ഹ അബുദൻ അബദ്ഹന്ന് എനിക്ക് കാണാം അബുദൻ തായി ആയിട്ട് കാണാം വലക്കൽ ഹെക്കുമുക്കുമഴുവനും നിനക്ക് ഐറ്റും കാണാം എല്ലാ അധികാരങ്ങളും ഹക്കുമും നിനക്ക് കൈ ലോദിക്കതായിട്ട് കാണാം ഫീന്നെയായിരിക്കും അതല്ലേ എല്ലാം സക്രത്തമ്മില്ല ദുഞ്ഞാവിൽ നിന്നുള്ള ഒരു സക്രത്തിനെ നീ കാത സൂക്ഷിച്ചു അതിൽ നീ ലയിച്ചു പോണ്ട ഒരു സാത്തെങ്കിലും എന്നാൽ ലോകം മുഴുവനും നിനക്ക് അബുദായി ആയിട്ട് ഹുക്കമ മുഴുവൻ നിന്റെ കയ്യിലൊതുക്കിയതായിട്ട് എനിക്ക് കാണാൻ കഴിയും എന്ന് വായിരുന്നു എങ്കിൽ നേർക്കു നേരെ ഒക്കുന്നതല്ലോ യോജിക്കുന്നവരാ പക്ഷെ അവക്കത് ആ തീർത്ത അധികാരില്ല പറഞ്ഞു അന്തമാല്ലാൻ ഇത് ഇത്രയോ പറഞ്ഞതന്നെ നീ അഖ്വാനിനോടൊപ്പമുള്ള ആളാകും മാലം തഷദിൽ മുഖബ്വിൻ മുഖബ്വിനായ അള്ളാഹുവിനെ സുഹൂദാകാത്ത കാലത്തോടം അഖ്വാൻ ഒപ്പം കൂടിയാളാകും നീ സുഹൂദായി കഴിഞ്ഞാൽ കാലത്തിൽ നഖ്വാനും ആക്കാൻ നിന്നോടൊപ്പം നീ പറഞ്ഞ പോലെയായിരിക്കും അഖ്വാനുണ്ടാകുക അപ്പൊ നീ മത്തുഭൂം ദുഞാപുതാപിക മാക്കെന്താല് മാക്ക് ശേഷമുള്ളത് മത്ഭൂരിക്കുമല്ല അങ്ങനല്ലേ സാധാരണ പ്രയോഗം രണ്ടാളൊപ്പം വന്നുണ്ടാവില്ലേ പക്ഷെ ഒരാളെ സാളും മത്തുപോയി ഉണ്ടാവു അതിനുള്ളിൽ ഹീകത്തിൽ ജയിത്തുമായോടൊപ്പം ഞാൻ വന്നു പറഞ്ഞാൽ ഈ വരവിൽ പ്രധാന കാതരാരാണ് പോവാൻ അല്ലെ അത് ആ മകന്റെ പ്രയോഗത്തിനല്ലേ മാത്തിന്റെ മതപോലെന്തായിരിക്കും മത്തുപോയിരിക്കുമല്ല അതുപോലെ തന്നെ എന്നോടിയും നീ അക്ബാനോടൊപ്പമാകുമ്പോൾ അഖ്ബാന് നീ ദാബിയായി നീ മുഷാഹരാക്കി കഴിഞ്ഞാൽ അക്ബാന് നിന്നോടൊപ്പം അതിനെ നീ മസുഭുവാൻ ദുഞ്ഞാവ് ദാബിയായി എന്നല്ലേ ഇല്ലീസി അല്ല അലി വസല്ലം ജപ്പൂർ താര അള്ളാഹു താര ദുഞ്ഞാവിനോട് പറയുന്നതായി അനീസിനുണ്ട് ഏ റിഞ്ഞാവേമീ മനസ്സാമനി എനിക്കാരോ ഹെരിമത്തെടുക്കുന്ന അവർക്കെല്ലാം നീ ഹാദ്യമാവണോന്നുള്ള അവർക്ക് തിരുഞ്ഞാവിനോട് പറയും മനസ്സാമക്കി നിനക്കാരെങ്കിലും ഹെരുമത്തെടുക്കുന്നെങ്കിൽ അവനെ തള്ളത്തിക്കിടാമെന്ന് ഹെരുമത്ത് എടുത്തിട്ട് എടുത്തിട്ട് നടന്നു പോട്ടേ ഇതിന് അനുഭവത്തിലാണ് തന്നെയാണെന്ന് പറഞ്ഞത് അവയൊക്കന്മാരെ പൊരുലേക്ക് പൊന്നും പേച്ചയും സാധനങ്ങളുടെ വന്ന് വുകയില്ലേ ഇവർ വേണ്ടെന്ന് വെച്ചാലും വന്നു വീന്നില്ലായിരുന്നു മക്കാടെ ഐന്ദൻ സന്നല്ലാ അലി വസല്ലമ്മ തങ്ങൾ പറയുന്നില്ല അബ്ദുഞ്ഞ താലിബത്തൻ മസുലു മത്തൻ ദുഞ്ഞാവ് രണ്ടുണ്ട് താലിബത്തായ ദുഞ്ഞാവുണ്ട് മസുലു മത്തായ ദുഞ്ഞാവുണ്ട് ഇപ്പൊ പമൻ പറമൽ ആഹിറ ആഹ്റത്തിന് ഒരാളെ തെളിവ് ചെയ്ത് എന്ന ഫലവുദുഞ്ഞുഞ്ഞോനെ താലിബായി അപ്പേതായി ദുഞ്ഞ താലിബായ് ദുഞ്ഞ ദുഞ്ഞ പോനെ പ്രതിരോധിക്കുന്നു എത്രവരെ അത്താഴത്തേക്കെ മുതലെ രുക്കൂ ദുഞ്ഞി നോനിക്കിട്ടുള്ള ഇരുക്കുന്നുണ്ടോ അത് മുഴുവൻ പോത്തി അങ്ങനെ നെല്ലെടുക്കുക ഇവിടെ നിങ്ങക്ക് വെച്ചെന്നല്ലോണ്ട് ഇവിടെ ദുഞ്ഞ ബോനിലേക്ക് കയറി വന്നിട്ട് കൊല്ലി അപ്പം താലിബായ ദുഞ്ഞ ഇനി വമം തല ദുന്യാളെ തേടിയാലോ തലബത്തുകളിലെ ആ കിറത്തു ആ കിറച്ച് അവൻ അവൻ തേടി വരുന്നു അത്തായി എളുപ്പം നോക്കു എനിക്ക് ഈ അവന്റെ തീർന്നും മരണ കൊടുക്കുക എന്നൊരു ആക്രമം ഇങ്ങനെ കുടികടങ്ങൾ അപ്പൊ ദുന്യാസ്ലും വമസ് പോയിക്കോളൂ എന്തിന്റെ ബാക്കി പണ്ട് വളർന്നിട്ടുണ്ട് വൽഹാസത്തിലും അന്നൽ ലീസ്റ്റാണ് വൽക്കൗന എകസാറക്കാരി ആരി കമൽ സഭക്കൽ കൗനാന്ന് ഒരു ചിക്കപ്പുറം പറഞ്ഞിട്ടുണ്ട് അതിന്റെ രണ്ടാം ചിത്രം വാഗം പോണം കൗനിയുടെ ആ എനിക്ക് കൗണി ആളക്കാതിൽ തുടങ്ങി അതില് يا غان ابو غالبواي ادغني بيروغ باكي جي كاوني திவ ரகபது பரவிருச்சு 와யி ইরティ علامه तमना علي இ கவுன் இமல்லா தித்து இந்தோ அதுன்னல ஆப्याக்கிரயை என்னால் பக்கியா இவன் பதியாடும் தி எசி கவுன் இலல இல் அசிலிரா தடவு குள்ளே ിൽ അവൻ റബീനാവുകയും ചെയ്തു പണമൊക്കപ്പെട്ടവനായിട്ട് അങ്ങനെ മരിച്ചി കിട കൂട്ടുകാറില്ലാത്തവന കാലിയാണെങ്കിലും അവന്റെ വിമാനത്തിൽ കിട്ടുക കബറി കൂട്ടുകാരില്ല അതിന് അപ്പുറം ഉണ്ടാവില്ല വബി തമിലാണിക്ക അടമലിനെറങ്ങി വൽപ്പതങ്ങി എന്നുള്ളത് ആ വബി വില ജീവിതാവശ്യമുണ്ടോ അത് വേണ്ടെന്നാണ് നാടിന്റെ അഭിപ്രായം ഞാൻ തവമൂരാണിക്ക ഈ കൌര് ഇവനെ താപിക്കാൻ കഴിഞ്ഞു എന്നിട്ട് അതിന്റെ കയ്യിൽ അടിമയായി മാറണമെന്നുള്ള കാരണം അടുമൽ എഴുതി വാൽപ്പറങ്ങി വൻസിഗ്രകരിൽ അടക്കി വലി വഹം ഇതാണ് എന്റെ കാരണമെന്ന് എല്ലായ്മ കാര്യം വന്നതുപോലെ ഗ്രഹിക്കുന്നില്ല പിന്നെ അതക്കേണ്ട നിത്യപരിചയമുള്ള ഈ ലിസ്റ്റ് ഉണ്ടല്ലോ ഇത് മാധ്യമം വെളിപ്പെട്ടുപോയി വകുപ്പിനോടും ഇതാണ് ഇത്തരത്തിലുണ്ടാകാനുള്ള കാരണമെന്നല്ലോ ഒരു സബകുലറിച്ച് മുട്ടത്യാക്കിയ എന്നിട്ട് അടമലൈമ അതിന്റെ ഹവറുവാക്കുക അല്ലാത്ത വർഷവും അതിഷ്ടപതിൽ വന്ന പാക്ക് കാലുകൊടുക്കാനും കയ്യിലൊരു കണക്ഷൻ കിട്ടാനും പറയാത്തന്നല്ലേ ഈ അല്ല മൊബമ്മനറിയിക്ക ഞാൻ പറഞ്ഞ മാത്രം മൂലണ്ട ചെറുകി മൂലം മുമ്പാ അതാണ് ഞാൻ ഒതുങ്ങൂനിക്കുന്നില്ല അപ്പൊ ഇൽമില്ലായ്മയാണ് ഇതിന്റെ കാരണം എന്നല്ലേ വേണ്ടത് ഇതിന്റെ കാരണത്താൽ ഇൽമില്ലാണ്ടായിരുന്നില്ല ഇൽമില്ലാണ്ട് പണ്ട് അതിൽ തന്നുണ്ടല്ലോ ഇൽമില്ലാണ്ട് വള്ളാ മഹാർജക്കും ഇമ്പത്തൂരി മഹാസിക്കും ലാത്തകാലം പോലെ കയ്യായിട്ട് ഇൽമില്ലാണ്ട് തന്നെയാണല്ലോ വരുന്നത് ആ ഇൽമില്ലായ്മയിൽ അങ്ങ് ഇങ്ങനെ വളർന്നപ്പോഴാണ് ഇത്തരത്തിൽ ദുഞ്ചാവിന്റെ അടിമയായി മാറാനുള്ള കാരണം എന്നല്ലേ പറയുന്നത് അപ്പൊ ഇൽമിൽ ഉണ്ടാക്കി തീർക്കണം പഴമുണ്ടാക്കി തീർക്കണം وهم من اقرنوا ما دليل لا كانه ورتوني ان ان يجيء هنا ان ترى دعوذ لعل هو سبب ذلك بذا باحا مبترا وحظره عدم الحلم هنا تامل ان معقل محبي. ما بين ذاك ينزل ربنا فَكَمَا كَانَ الرَّسُولُ يَبْلُغُ تَكَيَّتَ بِاللَّوْحِ مِذَمَّاتَ دَاهَلَتْ عَلَيْكَ وَنُورُ النَّكِيَاوَرَاتِ كَثِيرِينَ يَا كَمَا نَبِذْنَا طُوفِ أَتَى يَفْنَى عَلَيْهِمْ أَمَّا الَّذِينَ سُورًا أَصْلَحْنَ طُولًا أَمِنْ ثَوْنِي دَنِي لَهُمْ دَنِي لَهُمْ പിഞ്ഞാവിലും അഹമ്മദിനെയും അവൻ അനിച്ച നിർവാദും അഹമ്മത്തിലേക്ക് മാത്ര വരണം വയറ്റഹത്താദിമത്തിൽ അവന്റെ ഹിമ്മത്ത് കൊണ്ട് അവൻ ചാടിക്കടക്കണം ഭൂമദ്ദാറയും രണ്ടു വീട്ടിലുമുള്ള ഹള്ളുകളെ ചാടിക്കടക്കിച്ച് അവനെ പത്തി കിടക്കലുണ്ടല്ല കമാക്കാലനായൂടെ പാടും അത്യേകം പാട്ടിനോ ithm ഍എണഎകലസയല൧ Hudяз Luiza arguments a tree. ഩമജലയനബർ�� ലലഈലയയലയലയയയൃ 몜മചയയസഞഭവപയഹറവങവവ സളയലമർചרט ലഇർ dice leton േറഴ ചറപ vendors liest�കറസഺ masterpiece아 സർണറയാ ഻വങങശ yup også. ആമീൻ കരുഹീൻ സൂറത്തുൽ വഖീഅ വഹൂവൽ ഖാദിർ ലാ അൻ തസൂൻ ഖുറാനുനാ നഖ്റാഇഹി വഅറ അജിൻ ഭാഗം ബാലിബുഡി അസീർ ബാലിബുദ് അതി അതി അച്ഛ അമീര്യാതാണ് അസീര ആസനത്തരത്തിലാണ് കുരുപ്പിച്ചു അമ്മാവിധത്തിലാണ് അമീലമാകുന്ന താലിബുന് താലിബുദ്ധി അമീർ താലിബു അത്ര അമീർ പരിചയ തന്നെ അറിയും ും എല്ലാ ബന്ധങ്ങളുമായിരുന്നു അടിമസത്തിൽ നിന്ന് അമിതം അമുവിനായി കഴിഞ്ഞാൽ ശരിയായി അല്ലാതെ ചേരുന്നുകൊണ്ടും കൊടുക്കുകൊണ്ട് മന്ത്രി വിജയിച്ചതിനുമായി അത്തക്കനും വിചാരിക്കുന്നു അങ്ങനെ ഓരോക്കം അവന്റെ തടുകയാകുന്ന താഴ് കൊണ്ട് കുടിച്ച് ബന്ധു ചെയ്യപ്പെട്ടവനായി ഭഗവതി അവന്റെ ആഗ്രഹങ്ങളും തമ്മുകളുമാകുന്ന കൈകളും അവന് ആമം വസ്ത്രപ്പെട്ടവനായി പോയി അതാണ് കട്ടാൻ വിള മുൻപെന്ന് പറയുന്നത് അച്ചാറില്ലാതായിരിക്കുന്ന കോഴി ിമൽമാണി മൂത്തക്കൽ മൂത്തക്കും അല്ല കൊത്തിക്കട്ടുണ്ടല്ല അപ്പൊ കാര്യം കൊണ്ട് കെട്ടി മുറുക്കപ്പെട്ട മനുഷ്യ അവിടെ സീമൗസത്തിൽ മഹാലി അല്ല മഹാലിക്ക് മമാലിക്കുന്നുള്ളതും മമാലിക്കലുടെ മമ്മൂ മംലൂക്കു മംലൂക്കിമാണ് മമാലിക്ക് അപ്പൊ അടിമകളാകുന്ന മൗസിക്കരെ തെരഞ്ഞെടുപ്പെടുന്ന ആ ജൈവി ഉണ്ടാക്കി ഇവർ തെരഞ്ഞെടുക്കുന്നു ഇതിനടിമത്വം അറിഹവാന്റെ അടിമതത്തിൽ ഇതിന് തകുബോ ഈ വലിയ ദമ്പ് കാട്ടുന്നു അറാക തസുക അറാക ഞാനിന്നെ കാണുന്നു അല്യമായ ഇപ്പം കാണുന്നത് തതുഹൂൺ അറാക്കല്ലോ തതുഹു നീ ദമ്പൾ കാട്ടുന്ന കമ്പ് തഗവൻ മാണിക്ക് വലിയ ഉടമ തന്റെ വലിയ മാണിക്കിന്റെ ഉടം ആ ദമ്പു അത നീ കാട്ടുന്നു ശരിക്കുന്ന മന്ദ്രൂക്കിന്റെ മൗതിക്ക് നീങ്ങി തടയപ്പെട്ട് ജ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുക അൽ മൂട്ടപ്പോ എന്ന് പറഞ്ഞാൽ അൽ മഹൻബോവൻ നീലപ്പെട്ടവൻ യുഹ്മിഹി എന്തുകൊണ്ടാണോ തടഞ്ഞിടപ്പെട്ട ആ ജയിലി കനന്തപുറില് വിതാക്കെന്ന് പറഞ്ഞു ലഹുബുത്തറപ്പുറം തക്കമ്പുറിവനാട്ടൻ മഹായഹുമുഹു ലഹു എപ്പോഴും റമ്യം ബാഗു എന്ന് പറയുന്നു യാ മഹബുഹുസാൻ ഈ വസാഖി സഹമാറ്റി മഹബൂദി നഖി നക്കിന്റെ കണ്ണുകളിലായിട്ടും സഹബാത്തുകളിലെ ജയിലി തടയപ്പെട്ട മനുഷ്യ لقد كنت طلابًا نيابة ووزنايد و هي يتهاب ان نفس امركم لقد منكم انكم ايضا يطلب لاغنيت ان ينيت كل باب لا يانجل في محبتي خالقها خالقها الله لمحبتي لا يكون نفسني راغبين لا قادما بك نفسني الذي مدكم يعينو فلما تغبت بهبها نفسي لحبه ونمي فوله قرشته وخدمت نفسك عم أولاري أما رما خادمت نفسك عيناء منجل مننا يرنون معب فما تغبت عنو لتفاكت أرغي لك يجد الله خادمت نفسك في طلبها അതിന് തേറുന്ന വിഷയത്തിൽ നിന്റെ ലഫ്റ്റിന്റെ നീ എന്ത് ചെയ്തു നല്ലോണം ക്ഷിമത്തെടുക്കുകയും ചെയ്തപ്പോൾ തീർത്ത പരമാവധി ജവാബ് തീർത്ഥ നീയായി മംലൂക്കല്ല മംലൂക്കായി മാറി ആ തീറംഹ ലഫ്റ്റിന്റെ കയ്യിൽ നീ തടവ് മാറി അതുകൊണ്ട് അതാണ് മോറ്റക്കൽ മമാലിക്ക് എന്ന് പറഞ്ഞത് മംലൂക്കത്തിൽ അടിമകളുടെ മോറ്റക്കൽ നീ എന്തായി നേരെ മുതലാളി കടകുള്ളിയായി മാറിയല്ലേ അതുകൊണ്ട് നീ കരഞ്ഞോൾ നിന്റെ നർസിനെ ഓർത്തിട്ട് ബുക്കില എന്ന് പറഞ്ഞ മക്കൾ മരിച്ചുപോയ ഉമ്മാ കക്കില എന്ന് പറയുന്നു ആ ഉമ്മാ കറിയ പോലെ കരഞ്ഞോളി വതറി നസ് നിന്റെ നർസനെ ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് വ്രനെക്കുള്ള നീ തള്ളർവ ചെയ്ത് ദ്വാ ചെയ്തോളൂന്ന് وَاَتَايَهُ فُقْطَ عَصَرَكَ اَبُو نِنْدَ تَلَغِل الله تعالىന്നാكم مِنَ غَيْثَلَكًا تابِديٌ وَيُثْبِتُهُ أَمْرُكَ وَيَرُدُّكَ إِلَى أَصْلِكَ مِنَ أَصْلِكَ اللهُ تَعَالَى مِنَ مَرَقُيْن دِيُمْ وَتَصِيرُ مَالِكَةٌ وَالهَوَى مَمْلُوكَةٌ مَارُ نِي مَالِكَةٌ هَوَى مَمْلُوكَةٌ مَارُ وَتَصِيرُ مَخْدُومَةٌ وَالهَوَى قَادِمَةٌ عَتْمَارُ كَمَا قَالَ الشَّرْوَنَ مَلَ كنت عبدًا والهواء مالكين فصرت حرًا والهواء خادمين ورقالتن عن عبداء ماري حواء مالك وعي نعم قال سير جيد مجاهدك جيد فصرت حرًا والهواء خادم ايتي مارين ايضا لذنه والنور وقال آخره العبد حرًا ما عسر صماعًا അബു ഹൃറാണ് എപ്പോൾ അവന്റെ തമായിനോട് എതിരുകാട്ടുന്ന കാലത്തോളം അവന്റെ ഓരോ പൂതികളുണ്ടല്ലോ പൂതികൾക്ക് എതിര് കാട്ടുന്ന കാലത്തോളം അകുദാനാണ് ഹൃറായിമാർ വൽ ഹുറു ഹൃറായ മനുഷ്യനും അബുദാൻ എപ്പോൾ മഹമാത അഹു അവന്റെ തമായിനോട് എത്രത്തോളം ഒഴിപ്പെട്ടുവോ അത്രത്തോളം ഇത് മുമ്പ് കഴിഞ്ഞതാ നീ ഹെറാണ് എന്തിനത്തൊട്ട് നീ എന്തിനത്തൊട്ട് നിരാശപ്പെടുന്നുവോ അതിനെ തൊട്ട് നീ ഹെറായി നിരാശപ്പെടുന്ന വസ്തുക്കളെ തൊട്ടല്ല നീ ഹിറാണ് നീ ആശവച്ച സാധനമോ അതിന് നീ അവിതം ആയി മാറുന്നു وقال ايضا ما احببت شيئا الا كنت له عبدا وهو لا يحب ان تكون لغيره عبدا ما احببت شيئا وذو واسبهني ني استعبدني لا ني الذين عبدت لاده اثرت الله سبحانه وتعالى غير النعبدان هاي ماران او لنكتبولا അമ്മാവുമല്ലാത്ത റവരന്റെ അബിതാവൻ ഒന്നാമത് രക്ഷപ്പെടുന്നില്ല വക്കാല ബാഗൽമുര ഈ ചില രാജാക്കന്മാര് ഔലിയാക്കന്മാരിൽപ്പെട്ട ചിലരോട് പറഞ്ഞു ഒത്തുഭവം അന്വേഷിക്ക എന്തെങ്കിലും നമ്മളോട് ആവശ്യപ്പെടും സാധനം തരാം എന്ന് വക്കാല ലഹു അപ്പൊ ഈ അവലിയാക്കന്മാർ എന്താ പറഞ്ഞോ ഇയാളോട് അസുരവം ലഹു അബുദുൽ ലഹൂന്ന അബുദുള്ളി അബുദീന അബുദുള്ളി അബുദീനല്ലേ ആണോ ലഹു വേണ്ട ലഹു അതിനില്ലല്ലി അബുദീ എന്റെ അടിമന്റെ അടിമയാണ് രാജാവിനോടാ പറയുന്നത് എന്റെ അടിമന്റെ അടിമയാൻ നീ അപ്പൊ അടിമന്റെ അടിമിനോട് എങ്ങനെയാണ് കേടുക എന്റെ അടിമന്റെ അടിമനോട് അപ്പൊ ഞാനറിയാം മുതലാളിന്റെ മുതലാളിയല്ലേ മുതലാളിന്റെ മുതലാളി അടിമന്റെ അടിമിനോട് എങ്ങനെ സാധനം തേടുവെന്ന് അത് ഇയാൾക്ക് തിന്നില്ല പൊക്കാലോടൊക്കെ അയിപ്പ സാധിക്കാം അതെങ്ങനെയാന്ന് ചോദിച്ചു ഇതെന്ന് പറഞ്ഞു നീ പണത്തിന്റെ അടിമയാണ് നീ പണത്തിന്റെ അടിമ പണം എന്റെ അടിമയാണ് അപ്പൊ നീ എന്റെ അടിമന്റെ അടിമയില്ലേ അതാ സക്കാല അനദഹിത്വത്തിൽ ലച്ച ഞാൻ എല്ലാ വസ്തുക്കളിലും സായിബ ഹതിമത്തിന് ആ അസിയാക്കൾ മുഴുവൻ എനിക്ക് ആദിമാണ വാന്ത ആഭവത്തിൽ ലച്ച നീ വസ്തുക്കൾ ഇഷ്ടപ്പെട്ടപ്പോൾ മല്ലക്കെത്തുക അത് നിന്നെ വിൽക്കാക്കിയിരിക്കുന്നു അങ്ങനെയാണ് അടിമ അടിമനടിഞ്ഞാൽ പണം എന്റെ അടിമാ ആ പണത്തിന്റെ അടിമനി അപ്പൊ എന്റെ അടിമന്റെ അടിമനി അപ്പൊ അടിമന്റെ അടിമനോട് എങ്ങനെ മൊഴലാളിലെ മുതലാളി സാധനം ആവശ്യപ്പെടുക എന്നാ അപ്പുറം ചോദിക്കുന്നു ആ കലാമൻ നാദാവ് ആനാവ് അല്ലെങ്കിൽ ഇതുപോലത്തെ കലാമൂറ് പറഞ്ഞു ലിത്തൂരിലി ബിജി അത് മൂപ്പർ കുറെ കാലം മുമ്പ് കേട്ടവുണ്ട് കഴിഞ്ഞ ഓർമ്മയില്ലാണ്ടോ മൂപ്പർ പറയുന്നു കൊറേ മുമ്പ് കഴിഞ്ഞ സംഭവം മുൻപ് പറഞ്ഞു ലിത്തൂരില്ലാതി ബിജിയും കൊറേ പത്തിരത്തഞ്ച് കൊല്ലത്തിന്റെ മുമ്പിൽ ഓർമ്മയാണ് ചില സംഗതി വരില്ലേപ്പാ അപ്പൊ ഈ അർത്ഥം പറഞ്ഞു വേറൊരു കലാമ് പറഞ്ഞു അപ്പൊ മൂപ്പറപ്പം ഇപ്പൊ റെഡിയുള്ള ഓമീൻ എടുത്തല്ലാതെ കൊണ്ടുപോയി ആഗ്രഹിക്കുന്ന മനുഷ്യ നീ ആയാൽ അസീറം കയ്യിൽ അസീറായാൽ എന്താ ഖബറ് കിണുക്ക നിനക്കെങ്ങനെയാണ് സൗകര്യപ്പെടുക അന്ത്വ ولا تتصرف على غيرك ذهب المالكي ولي هو مالك الذهب درنب دي মত العالم എങ്ങനെ പരിപാലിക്കാനാണ് وانما انت مير مملوك غير مملوكه മാത്രമേ ಆಗുന്നു আর আমি মাত্র আগുന്നു আদുകൊണ്ട് തനബലി মুসিমাতিকা നിന്നെക്ക് സംഭവിച്ച মুসিবাতನ್ನು നീ ബോധയമാനാണണം وارث قدركا منك قدرني അറിയനം വലാ തത തൗറക നിനക്ക് निश्चय ചെയ്യ പരിധി ഉണ്ടല്ലോ ആ പരിധി വിടാൻ പാടില്ല വസ്അല്ലാഹു തആല യഫുക്ക അസ്റക അബില്ലാഹി തൗഫീഖും ദർബിയ് പ്രാവം തുംമ വബ്ഖൽ മുഖാതമ അലാ തില്ലതിൻ ലിസ്തിമാഇ ഇനി മൂപ്പർ എന്താക്കെന്ന് ആക്ഷേപിക്കുക കുറ്റം പറയുന്നു ആരെ മുഹാത്തബിനോട് ഈ പറയുന്ന ഒന്ന് ചെവി പറയുന്നു സ്ഥിതിക്ക് ചേർന്ന് വെക്കുന്നില്ല അതുകൊണ്ട് മൂപ്പർ കുറ്റപ്പെടുത്തുന്നു യാമൻ ഒരു മനുഷ്യനെ എങ്ങനത്തെ മനുഷ്യൻ വുഹാത്തി ഗുഹോ ഞാനെ വന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അല ദവാമി എപ്പോഴും എപ്പോഴും ഞാൻ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു എനിച്ചെ വിളിക്കുന്നു ഹത്താമ എത്ര വരിയാണ് ഞാനെ തളഞ്ഞതാണ് അജുഫാൻ മുമുത്തതാണ് അപ്പൊ ഹത്താമ എന്ന് പറഞ്ഞാൽ എത്ര കാലമാണ് നീ കിരിഞ്ഞുകൂടുക അത്താൻ ഒരു മധുക്കൂലുണ്ടാവുമല്ലോ ഒരു ഭാഗത്ത് അത് കളഞ്ഞു അനുപാതെന്നുള്ളത് മൂത്തു ദവാമിന്ന് ചോദിക്കുന്നത് പറയട്ടെ അൽമു ആ തൂ ആരെടുത്തിട്ടാകുമ്പോൾ പ്രർത്ഥം പറയുന്ന അൽമു ആ തു അല്ലവും ആക്ഷേപിക്കുന്ന കർശനമായ ഭാഷയിൽ സംസാരിക്കുന്ന തകരിയോ എന്നുള്ളത് വിമാന ഇല ഇലാന്റെ വാനാക്കാണ് ആയത്തിന് വേണ്ടി കൊടുക്കുന്ന ഇല ഉണ്ടല്ലോ ആ ഇലാന്റെ വാനാക്കാണ് മാന്നുള്ളത് നാഫിയത് ആണ് മാന്നുള്ളത് നാഫിയത്താണ് പ്രതിഫ അലിഫുൽ വസുന് വേണ്ടിയിട്ട് അതിന്റെ അലിഫ് പറയപ്പെട്ടതാണ് അപ്പൊ മാന്റെ അത് മധുപൂർവണനി അത് പറയപ്പെട്ടു അത് പറയും അതിഫാമി എന്നുള്ളത് ുള്ളത് ഹറുവാണ് മങ്കൂസുംവാമിയുന്നല്ലുണ്ടായി ജാനമുള്ളത് ദവാമി എന്നുള്ളതാ ജംബു ദാമിയത്ത് എന്ന് പറഞ്ഞ താഴെത്തൊമ്പിത്തം ചോരൊഴിക്കുന്ന സാധനം എന്നാണ് ദാമിയത്തിന്റെ മായന ഹത്ത കൊണ്ട് മജുറൂറായ സാധനമുണ്ടല്ലോ അത് മഹദൂപ്പാണ് അപ്പൊ ഹത്ത അർത്ഥം ഉണ്ടാക്കി ഇല ഇലിൻ എന്നായിരിക്കും ഇല അയ്യു ദമാദിൻ എന്നാണ് എന്റെ മഹദൂപ്പുണ്ടാകും മാത്യ നഫിയാണ് നസിയുടെ വന്നിട്ടില്ല അല്ലെ നസീ അർത്ഥം പറയുന്നുണ്ട് لا أي زمان تستمر مريلانا نفسنا معلم يجعله وليس عدفانو عينيكا ليتا ما عدفانو عينيكا حتى ما ما له لي. ليس النعمل برمارينة الله يترك عالم بريانه مريلائك ولي قرانو تيتك ولي النار مخرجونك حتى هلا هل يجب أن يكون هناك زمان عينك التي في بكائك من അല്ല നിന്റെ കണ്ണിന്റെ കൺ പോള അയനന്റെ التي في بكائها അതിന്റെ കരക്ഷനിലാണ് ചിഫ ഉള്ളത് അപ്പൊ അതിപ്പാണ് ദവ ഡവാന്ന മുന്നിന്റെ ദവാന്നു പറഞ്ഞാൽ രോഗശമനത്തിന്റെ ദവ എന്ന് നോക്കിയിട്ടാണ് അത് കരഞ്ഞാലാണ് എന്ത് കിട്ടത് രോഗശമനം കിട്ടത് അങ്ങനെയുള്ളത് സായിരത്തൻ ബിദ്ധമി ചോത കൊണ്ട് ഇനി ഒലിക്കുകയാണ് അല്ല സായിരത്തൻ ഒലിക്കുന്നില്ലല്ലോ ലൈറ്റാന്റെ ഹവറാവുമ്പോ لَيْسَ عُجْفَانُ عَيْنِكَ النَّظِيفِينَ بُكَائِهَا شِفَاؤُكَ تَائِلًا بِالدَّمِ وَلَيْسَ عُجْفَانُ عَيْنِكَ تَائِلَةً بِالدَّمِ إِنَّكَ كَنُّ ቾട കണ്ടോലിക്കുന്നില്ലല്ലോ അപ്പോൾ കണ്ണിനെ ശിഫാൻടെ കണ്ണ് മരണ്ടിന്റെ കണ്ണേ ഇതിന് വേറെ പറഞ്ഞു അത് കണ്ണോളി എൽപിറ്റാതാണ് ഇംഗ്ലീഷ് ഡിഫറന്റ് യഖൂലു റളിയല്ലാഹു അൻഹു يَا مَنْ دُعَاتِ بِهُ عَلَى الدَّبَامِ അവസരത്തിൽ നമ്മൾ ഇത്താബ് കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യ അവന്റെ ഇത്താബ് കേട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ പറയുന്നത് ഫുങ് ചെയ്യുന്നുണ്ട് എന്നിട്ടും ഇനാദിനെ തൊട്ട് അവൻ ഒഴിഞ്ഞു മാറിയില്ല വലം ജർജ് അനിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ല എന്നുണ്ടല്ലോ അതിനെ തൊട്ട് അവൻ മറങ്ങിയിട്ടുമില്ല അങ്ങനത്തെ മനുഷ്യ ഇലാ തരീരൻ നീ അരിയിലായിക്കൊണ്ട് എത്ര കാലമാണ് കഴിഞ്ഞുകൂടുന്നത് എത്തരത്തിൽ നിനക്ക് ഇവിടെ ചോദ്യപ്പെട്ടിട്ടുണ്ട് എങ്ങനെ കരഞ്ഞാൽ മതി നസ്റ്റിന്റെ നീ എന്താ കഴിയാത്തത് വക്കത്തനീ ബാ ഉൽ ഹവ തണി ഹവയാകുന്ന രോഗം നിന്റെ ബാക്കിൽ ശരിക്കും വേരൂന്നിരിക്കുന്നു ഇങ്ങനെ അല്ലി പിടിച്ചിരിക്കുക അതിലാക്കാനന്ദിത അതിനി രോഗശമനം നിന്റെ കണ്ണിരി ചൊരിക്കലിലാണ് അപ്പൊ കഴിപ്പല്ലാത്ത ബക്കിദ്ധമാണ് നീ ചോറെ എന്തുകൊണ്ട് വളർത്തുന്നില്ല കരഞ്ഞ് കണ്ണിരി വളർത്താ പോലെ ചോര വളർക്കണം അത് വാർത്തുന്നില്ലല്ലോ എന്നുവെച്ചാൽ നീ ടിഫാനെ കണ്ടെത്തുന്നില്ലല്ലോ എന്നായി ഒഫിൽ ഹിക്കമുണ്ട് തൊ ഹത്തിൽടുള്ള മാതൃ ഹൃദയത്തെ സ്ഥലം പിടിച്ചു പോയാൽ അതാണ് ചികിത്സിച്ചാ മാറാത്ത രോഗം എന്നുള്ളതും ഇനി അതിനെ നീക്കണമെങ്കിലോ രണ്ടാളൊന്നേ പറ്റൂ ലിസ്ൽ إلا خوف مزعج أو خوف مقذك أما قلب لغطة من أمام أطرطل لشهباتنا قرطل لعب إلا خوف مزعج نتفضل لعب خوف ومتفضل أخند يقول جلالياء تجليات ورنم من ناوي خوف ومتفضل يقول لأن جمالياء تجلي ورنى خوف مقذك لن تلبر تجليدين على خوف ഈ രണ്ടാളൊന്ന് വരാത്ത കാലത്തോളം തനിയമാണ് നീക്കാൻ ഒരു മാർഗമില്ല രണ്ടാൽ ഒന്ന് വരണം അപ്പൊ പല അയക്കത് ആ രോഗത്തിന് ദൂരീകരിക്കൂല ഇല്ല വാരിദും കവിയും കവിയായ ഒരു വാരിദിൽ വരണം ഒന്നൊക്കെ മൃദീം ചേരണം അല്ലാതെ മൊക്കലിക്കാവണം അതെവിടുന്ന് വരണം സഹാറായ അമ്മാവിന്റെ അതറത്തിൽ നിന്ന് വരുന്നൊരു വാരിത് വരണം എന്നാലേ ശരിയാവുണ്ടോ അത് വന്നാലോ അത് ഒരു സാധനത്തൊരു ഏറ്റുമുട്ടൂല അതിനെല്ലാം അടിച്ചു തകർത്തിട്ടല്ലാതെ എന്ത് തനേഹമുണ്ടെങ്കിൽ എല്ലാം തകർത്ത് കളി അതെങ്ങനെ കിട്ടലി ഒന്നിക്കിൽ റബ്ബിന്റെ മക്കളിൽ നിന്ന് ലൈലാഹി ആനപ്പഹാറ്റ് വരണം ആനപ്പഹാ അള്ളാഹിന്റെ പൊക്കം നീന്തുന്ന പ്രത്യേകിച്ച് ഔദാര്യം എനിക്ക് തിരിഞ്ഞു കൊടുക്കാം നഫഹാത്തുലായി തീക്കുല്യാലിൻ്റെ ആ നപ്പഹാത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ചില സമയുണ്ട് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകല് ഏലത്തു പതിര് പിന്നെ അറപ്പാന രാത്രി പെരുന്നാള് ദിവസം ഇങ്ങനെ നപ്പഹാത്ത് ഫ്രീ ആയി കൊടുക്കുന്ന സമയുണ്ട് عن ماغا نو ريڠي تياراي ديكانو ونيا بي تولن لمبوتيت نان فحاته وانان او منو كات چت تيارا لا لا فتعرض لها ان في ساعات ذهريكم ان ربكم في ساعات ذهريكم لنفحات على فتعرضوا لها من الله ورن اذا قرن اورنه فتعرض لها فقدرها بساعات الشر ൂ അതിലേക്ക് വെളിപ്പെട്ടു വെക്കണം എന്ന് പാത്രം തയ്യാറാക്കി വെക്കണം എന്ന് അനീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഔഗാന് പാത്രം തയ്യാറാക്കെന്ന് പറഞ്ഞിട്ടുണ്ടാന്ന് അന്ന് ദുഞ്ചാബിന്റെ അച്ഛകാലെല്ലാം പൊട്ടെല്ലാ ഹുലത്തും ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് അറ്റം മുന്നെടുത്തി മുന്നിട്ട് വിഭാഗത്തൊന്നും ചെയ്യാൻ കഴിയൂലേ ഒന്നും ചെയ്യണ്ട ഷ്ടം അപ്പൊ ആ ലഹാത്ത് സ്വീകരിക്കാൻ പറ്റുന്നൊരു പാത്ര നീ മാറിയിരിക്കുന്നു അപ്പ ലഹാത്ത് വരുമ്പോൾ മനസ്സന്തരം വരും അങ്ങനെയുള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്തേ കൊണ്ട് ഞാൻ അങ്ങനത്തെ ഇപ്പം ഇപ്പം അപ്പുറത്ത് മാറിയില്ലേ നീങ്ങണം ആരവുന്ന അന്ന വപ്പലത്താഴ കിട്ടില്ല അത് കാര്യം ശരി അന്ന വപ്പലത്താഴാ കൊടുക്കുന്ന സാധനം വേണ്ട ഞായ പോകുന്നല്ലേ പള്ളിയിൽ ഇങ്ങനെ ചിരടി കൊടുക്കുന്നു അവിടെ വാങ്ങാൻ തീ നിക്കണ്ടേപ്പ അല്ലെങ്കിൽ അവിടെ അതൊന്നും എനിക്ക് വേണ്ട ഞാരിതാ പോകുന്ന എനിക്ക് നിക്കൂല അന്നും ഒരിക്കലും പള്ളിക്കാരായിട്ടാണ് ചിരടി അങ്ങനെ വന്ന ചിരടി കൊടുക്കുന്നില്ലേ നിന്നു വന്നു കഴിഞ്ഞില്ലല്ല എപ്പോഴും വേണം അന്ന് പ്രത്യേകിച്ചും വേണം അല്ലൊരുപാട് സമയങ്ങൾ കൊണ്ടുണ്ടല്ലേ ഇനി പിന്നെ ഇന്ന സമയങ്ങൾ ഒരു വട്ടത്തിലുണ്ട് ആയിത്തക്കുണ്ട് മാസത്തിലുണ്ട് കൊല്ലത്തിലുണ്ട് കുറേതുണ്ടല്ല തീക്കുല്യാനിന്നല്ലേ ഉപറ പറഞ്ഞു തത്തവാല പക്ഷെ ജനങ്ങൾ അതിനകത്തൊക്കെ ഉള്ളത് അവിടെ നീ എന്ത് വേണം ഒന്നില്ല ആ നഫഹാത്ത് വാങ്ങാൻ വേണ്ടി ഈ ഒരുങ്ങി തയ്യാറായിട്ട് സഹ്ജമായിട്ട് നിൽക്കും അതിലേക്ക് വേണ്ടി ഇഷാദാക്കി ഭീമ റവാത്തോഷൻ ഇതാണ്ട് മുപ്പതുകൊണ്ട് പ്രത്യേക രാത്രിയിലുണ്ട് ആന്മുണ്ട് ഹാസ്വുണ്ടല്ല എന്നെങ്കിൽ അങ്ങനെ ആകാം അത് നോക്കി എനിക്കാ ജലാലിയും മുഖാരെ കൊതിക്കളിയാം നല്ല രോഗത്ത് വായനാല് ചിരിയാവല്ല ജലാലിന് ഒരു കിലോമീറ്ററിന്റെ അർത്ഥം കിട്ടാനുണ്ട് അത് ആരടുത്ത് പോയിട്ടും കേരളം മുഴുവനും അച്ഛറക്കിയിട്ടില്ല പിന്നെ മുത്തേ വന്നിട്ട് പറയാനല്ലാതെ രക്ഷയില്ലാത്ത ചുറ്റുകൊണ്ടെത്തി ലാസ്റ്റ് മുത്തന്നിപ്പിനെ ഇനി മറുപടി എത്തുള്ളൂ അത് ഒഴിച്ചിട്ട് ബാക്കി എന്തോ അർത്ഥം പണി വന്നേരാം വിശാലം അതിന് സെലഹുണ്ടാക്കണമെന്ന് വിചാരിച്ചു ചെലഹായിരിക്കവുണ്ട് അപ്പൊ അങ്ങനെ അളവുണ്ട് അപ്പൊ ഒന്നിക്കലില്ല ഈ ആ നഫഹാത്ത് ഇങ്ങനെ സന്ദർഭങ്ങൾ കെട്ടിച്ച് ഉപയോഗപ്പെടുത്തിയേക്കണം അന്ന് പിന്നെ മോട്ടോർ സൈക്കിൾ മോട്ടോർ സൈക്കിൾ സ്പെഷ്യലായിട്ട് പിന്നീട് കൊന്തിൽ വെക്കണം പിന്നെ ടി വി കെച്ചലേറ്റ് വെക്കണം ചാനലുണ്ട് വരുന്നുണ്ട് ദൈവത്തിൽ കത്തുന്നു കെച്ചലൈറ്റ് എന്നെല്ലാവരും അതിൽ ഇങ്ങനെ നോക്കല്ല അല്ലെങ്കിൽ അവിതഭവിവാസിതത്തെ ചേസിംഗ് കാമിലിൻ ആഹ് അല്ലെങ്കിൽ ഒരു കാമിലായ ശേഷന്റെ വാസപ്പേരിൽ കൂടിയത് എടുക്കും ആരിപ്പൊ മുഹത്തിക്കുമായി ശേഷന്റെ വാത്തിൽ കൂടി കിട്ടാം വൽ വാലിപു വാലിബുള്ളതും അന്ന മൻസക്കിത്തലബി തലബിലാരെങ്ങ് സാധിക്കായോ യുവൽ ആ തലബ തേടി എന്താണോ അതല്ലാന്ന് വെച്ചാൽ എത്തിച്ചു കൊടുക്കലാണ് വാലിബിലുള്ളതും അതുകൊണ്ട് വെപ്പൻ നീ എന്തായ്ക്കോ താലിബൻ നീ താലിബയ്ക്കോ കരിത് മോർഷിദൻ എന്ന മോർഷിദനെ കിട്ടും പമൻ തലമന്നാഹ അള്ളാഹുനാണ് തേടിയാൽ വജദോ അള്ളാഹിയും കിട്ടും കൊണ്ട് അള്ളാഹുത്തനെ പൂർത്തിയാക്കും അവന്റെ വാഗയെ അവൻ പൂർത്തിയാക്കുകയും ചെയ്യും അള്ളാഹുവിനെ കൊണ്ട് തള്ളർ ആക്കിക്കൊണ്ട് നഫ്തിന്റെ കാര്യം ഓർത്തുകൊണ്ട് കരഞ്ഞാൽ അതാണ് കമാ കാലൻ ആദിമൻ ആദിമതാണല്ലോ പറയുന്നത് എന്താണ് കണ്ണിന് ചോര വളർത്തുന്നില്ലല്ലോ എന്ന് പറഞ്ഞത് നീ എത്ര കാലം വേണം മരില്ലാഴ്ച്ചു കഴിഞ്ഞുകൊടുക്കുക കണ്ണിന് ചോര എന്ന് പറഞ്ഞല്ലോ അഞ്ചു ദിവസം കരയണമെന്നാണല്ലോ അത് അഹതഅള്ളാഹു താരഅാഹു താര കൈ പിടിക്കും അതിഹി അവന്റെ കയ്യങ്ങ് പിടിക്കും അാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയ മേൽ അവൻ എത്തിച്ചു കൊടുക്കും ആ വലിയ അള്ളാഹുവിനെ കൊണ്ടുണ്ടാക്കുവാനാണ് ഇതക്കൂഹു അക്കിറമു അള്ളാഹു സുമാനത്താൽ ഔതാര്യവാനാണ് ഇതിനേക്കാൾ നിൻ അഞ്ഞത്തെ ഞാൻ ലുതു ഇരൈഹി അബദ് അവനെക്കുള്ള എത്തിച്ചാവി ചെയ്ത് താണുകൾ അപേക്ഷിച്ചിട്ട് വല യുഹു അവനെക്കുള്ള കൂട്ടുകയില്ലെന്നോ അതിനെ തൊട്ട് അള്ളാഹുത്താനെ ഗരീമാകുന്നു അങ്ങനെ അള്ളാഹുത്ത വെറുതെ ആക്കൂലി അവിടെ ചെ രണ്ടാമത്തെ കഷ്ണം حتى متى جفنك في المعنى آمين لأن يترقى المعنى عند جفنك يوركت الله يكي يورغان وهو يسير إذا كوليه يسأل إسلام لك وليك إشارتنا أننا تنيام فإذا ماتوا الاستيقلون لأن الله يوركتنا لك وليك إشارتنا حزيزة سواجه لأن يسترق عليه يوركتك إجوده أفرتك إجوده وليك إشارتنا കോല ബാദ അത് പറയുന്നു ഇലാ കം തമാത സമാതാന്റെ മുതാലെങ്ങനെ വായിക്കുന്നു സമാധമാത അപ്പൊ ഇലാക്കം സമാത എന്ന് പറയുമ്പോ തത്തമാതുണ്ടാവും അല്ലേ അന്നേരം മാതായി മാതിയപ്പോയില്ല അതിന്റെ പേര് സുമതി ആക്കുമ്പോ തത്തമാതാന്നല്ലേ സമാധാനല്ലേ ഇതുകൊണ്ടത് ീണ്ട കാലം ഇങ്ങനെ കഴിയൂടെയൊക്കെ മാതായുമാതിയല്ലേ മുഖാത്ത പൈറ്റി വരിക ഉലല്ല ഇലാം കീറും فالسريء بملء السماء والأرض أيات ميئتي أتنفيق هذا في هبا هذه التي عبى الله أن تصوى جناها بعولتي وطرنا من العيش السعيدي بعيشة مع المال إلا على بعيش البهيمة ഓറോറിലും വപ്പിലത്തിലുമായിട്ട് എത്ര കാലമാണ് നീ നീണ്ടുകിടക്കാൻ പോകുന്നത് തമാത ഇലാക്കം എത്ര വരിയാണ് തമാത നീ കാലം ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നത് ഓറോറിലും വപ്പിലത്തിലുമായിട്ട് വക്കം മുൻ ഇലാകെ കുളത്തി ഉണർച്ചയിലേക്കല്ലാത്ത ഈ ഉറക്ക് എത്ര കാലത്തേക്കാണ് നീണ്ടുപോകുന്നത് ഇപ്രകാലമുള്ള ഉറക്ക് എത്ര കാലത്തേക്കാണ് നീണ്ടുപോകുന്നത് മാറ്റരുന്നില്ല ഇവർക്ക് എത്ര കാലത്തേക്ക് ആണ് കൊണ്ടുപോകാം ലഹത് നാ നഷ്ടപ്പെട്ടിരിക്കുന്നു റമ്രു സാഹത്തിൻറെ അമൃ എങ്ങനത്തെ അമ്രാണ് തുഷ്ടറ മിൻവു കസ്റ്റരി മിൻഡു ആ റമ്രു സാഹത്തിന നിനക്ക് വാങ്ങാൻ കിട്ടും ബിമിൽ ഇഷ്ടമാവല്ല ആകാശഭൂമി നിറയാ മാത്രമുള്ള കാര്യങ്ങൾ എന്താക്കാം ഒരു സാഹത്തിന്റെ നമ്പർ കൊണ്ട് വാങ്ങാൻ കിട്ടും ഒരു നമ്പ്ര ഒരു സാഹത്തിന്റെ നമ്പറും ചെലവാക്കിയാൽ ആകാശം ഭൂമി നിറയെ സാധനങ്ങൾ വാങ്ങാൻ കിട്ടും അത്ര വില പിടിച്ചത് അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അല്ല ഇതിലില്ലപ്പോ വാഹന ബിഹന്തി എന്ന് പറഞ്ഞാൽ ാന് ഹീഫത്താന് തീഫത്താന് തൂങ്ങാൻ എന്ന ഏഴാകാശം ഭൂമിയെ കട തൂങ്ങുന്നുണ്ടില്ലേ അപ്പൊ ആകാശം ഭൂമിയിൽ നിറയെയുള്ള വസ്തുക്കളെ വാങ്ങാൻ കിട്ടാവുന്ന ഒരു അമൃതാശം എനിക്ക് നഷ്ടപ്പെട്ടു അയ്യത്തെ മൈത്തി എന്തോ നഷ്ടമാണിത് അയ്യസത്തി ഈ ഒമ്പ്രൂ താനത്തിന് നീ ചെലവാക്കുന്നുവോ ഫിഹ തടിഹവയിൽ ഹാദിഹി ഈ തടിഹവയിൽ നീ ചെലവാക്കുന്നുവോ അല്ലത്തി എങ്ങനെയുള്ള ഈ തടിഹവയാണ് ഈ തുഞ്ഞാവിന്റെ അബന്നാഹു അന്നാഹുത്താല വിസമ്മതിച്ചിരിക്കുന്നു അന്ത്സനത്തിൻ ഒരു കൊടുവിന്റെ ചെറകിന്റെ സമമാകല്ല പോലും ഒന്നാമത്തല സമ്മതിച്ചിട്ടില്ല ില്ലേ ഒരു കൊതുകിന്റെ ചിറകിന്റെ ബല അന്നാകു ദുഞ്ഞാവിന് കൽപ്പിച്ചെങ്കിൽ ഇവിടെ ശരി കത്താർക്ക് വെള്ളം കൊടുക്കൂലെന്ന് അറിയില്ല ആ അപ്പൊ ജനാമത്തിന് പോലെ സമമാകൽ അന്നാമത്താല വിസമ്മതിച്ചിരിക്കുന്നു അങ്ങനെയുള്ള വേണ്ടി ഈ എംബ്രു താത്ത് എങ്ങനത്തെ എമ്പ്രാക്ക് നിൽപുസ്തമാവെന്നറായ വസ്തുക്കൾ അതുകൊണ്ട് നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയും അത് നീ നഷ്ടപ്പെടുത്തിയില്ലേ അത് ചെലവാക്കുന്നുവോട്ടോ ജീവിതത്തിൽ നിന്ന് നീ പൊരുത്തപ്പെടുന്നുൽമയായ മലഐക്യത്തിനോടൊപ്പമുള്ള ഈച്ചത്തോടുകൂടി ജീവിതത്തിൽ നീ പൊരുത്തപ്പെടുന്നു ബഹീമത്തിൽ ബഹീമത്തിന്റെ അയച്ചുകൊണ്ട് നീ പൊരുത്തപ്പെടുകയാണ് പത്താറാം വ്യായിൽ ബഹീമത്തി ബഹീമത്തിന്റെ അയച്ചുകൊണ്ട് നീ പോടുന്നു നാൽക്കാല വർഗത്തിന്റെ ഇതിൽ നിന്ന് ബിരൽ മലയില്ലാല മലയായ മല ഐക്യത്തിനോടൊപ്പം ജീവിതത്തിൽ നിന്ന് മാറ്റി ആക്യത്തിനോടൊപ്പം ചേരുന്നില്ലേ കാവലങ്ങളായ മഹാൻമാർ മലാജ്യത്തോടൊപ്പം തന്നെ അല്ലേഹനൌലിയാ തുമ്പിൽ പിന്നെ ഇല്ലിയിലേക്ക് കൊണ്ടുപോയി അവർ മലൗലയിലേക്കല്ലോട്ട് പോകുന്നു ഈ ഇതാപ് കേൾക്കുന്ന മനുഷ്യനെ അവഗണിക്കാനുള്ള കാരണം എപ്പോഴും പറയുന്നു بعدما نزجاري هو تجر صدقن لا عندهم कारण പറയുന്നു अंदना बहुल बालात बल जहजो विबर केडुति इला इमियान इदिन ओके कारण नमो पर कारण बोलतो मित्र ओरो बोलिन फकला कामंत दूमा ता इदिन इराबी लाहिन अलिल जौहाबी बिल इराबी ുള്ള തൽക്കാണി ഉള്ളവനാകുന്ന എത്ര കാലമാണ് രീതിയുള്ള തൽക്കാണി എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലായ്മേറ്റിപാർത്ത പണ്ടേഫല്ലേ ഇപ്പൊ മുസ്തഫല്ലെന്നും പറയുന്നില്ലേ മജാദച്ച് പറയുന്ന അപ്പൊ നീ രീതിയുള്ള തൽക്കാലിയിലാണ് എത്ര കാലം ആകുന്നെ എത്ര കാലം ബുദ്ധി ഇല്ലാത്തവനായിത്തീരുന്നത് മതിമറന്നവനാണ് ലാഹിന്നാണ് ലാഹി എന്നായിരിക്കും അച്ഛനുണ്ടാകും അപ്പൊ ലാഹു എന്ന് പറയില്ല ലാഹി അപ്പൊ അവിടെ നിന്ന് എന്തവനടുക്കെ ഞാൻ അടുത്തിട്ട് ഹവറ മുഖത്തറായി ലാഹി എന്നല്ലേ അപ്പൊ ലാഹിൻ ഈ മതി മറന്നവനാണ് അനിൽ ജൗഹരി ജൗഹറിനെയും വിട്ട് ആരാതുകൊണ്ട് അപ്പൊ ജവഹർ അറുന്ന് പണ്ടേ ഞാൻ പഠിച്ചിട്ടുണ്ട് ജവഹർ എന്താണ് ഒരു തായ നിലനിൽപ്പും ഒരു ബക്കാവും ഒന്നാമത്തെ ആലോ കൊടുക്കുന്ന വസ്തുവിനുണ്ടാക്കും ജവഹർ എന്ന് പറയും നൈമിച്ഛികമായി ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന നൈമിത്യകമായ വസ്തുക്കൾക്ക് എന്താ പറയും ആരാളെന്നും പറയും അപ്പൊ തായ നിലനിൽക്കുന്ന ജൌഹറെ നീ ചാടിയിച്ച് ആയതാളുകൊണ്ട് നീ പൊരുത്തപ്പെട്ടല്ലോ എന്ന് പറഞ്ഞാൽ നൈമിത്യമായ വസ്തുക്കളെ കൊണ്ട് നീ പൊരുത്തപ്പെട്ടല്ലോ എന്നാണ് ഇപ്പോൾ പറഞ്ഞത് ജവഹർ അറുവാക്കിട്ട് ഇസ്തഫാനിൽ അരതി അരതിനെ തൊട്ട് ഇസ്തിഫാമ് ചെയ്യാനുള്ള ഇസ്തിഫാമാണേത് കം എന്നുള്ളത് എത്തറിയാം വയ്യ കുന ഇവിടെ അരതാണ് അപ്പൊ എത്ര കാലം എന്ന അർത്ഥം അതുകൊണ്ടുള്ള എത്ര വ്യക്തി എത്ര കാലം വസായി വിസാദത്തിന് ജമാന വസായി തറക്കാണി ഇത് ഏതെല്ലാം രണ്ടെണ്ണം നിർത്തരിപ്പാക്കി മസുന് വേണ്ടിയിട്ട് എനിക്ക് മസാ ഇതിന്ന് പറയൂലല്ല അടോ ഇതിൻ എന്നാക്കിയതിനാൽ ഹൊന്നു മണിച്ച പറയുന്നത് സുലിഫ് രണ്ടെണ്ണുണ്ടസിനിണ്ടവിടാ സുലിഫാ ഇസ്തിഫാമിന് ഇസ്തിഫാമ് സുഹുവിനോട് അഭിനയായില്ലേ പിന്നെ അവ ഒന്നും പറയില്ലല്ലോ ആ മത്സരിപ്പത്സരിപ്പൊന്നും നടക്കൂലല്ല എവിടെ അവിടെ പിന്നെ ആ പ്രശ്നം ഉടലെടുത്തിട്ടില്ലല്ലേ ലാഹിൻ ജിറാമിൻ്റെ പോകുന്നുണ്ടത് നമുക്കിടാ ഇറാമിൻ പറയേണ്ടത് സുരിഫ എന്നല്ലേ കൊണ്ടുപോകും സുരിഫിൽനി വധിന് വേണ്ടിയിട്ട് അതാ വസാദ് മുൻസരിപ്പായിട്ട് കൊണ്ടുവന്നത് ശരിക്കു വന്നാൽ എന്താക്കണം ഫത്തഹത്തുകൊണ്ട് ജെറിയല്ലേ ഉണ്ടേ എവിടെ ഫത്തഹത്തോണ്ട് ജെറിയുമ്പോ അവര് മുൻസരിക്കാൻ എറാബ കൊടുക്കും ഇവിടെ തറഫായത് എന്തുകൊണ്ട് വധിന് വേണ്ടിയിട്ട് നമ്മരിഫാതെ അന്നില്ല നിൽക്കാണ് ഇന്നെല്ലാം അർത്ഥം വെക്കുന്നത് അതൽ കി നാറ്റൻ അതമിൽ പഹമി പഹമില്ലാത്ത ആട്ടം യുക്ാലു ഒരാളൻ അറിയുന്ന വിശാലത്തി അറിയുന്ന കപ്പ എന്നൊക്കെ പറയും ഇലാലം ഞസഹം വലം ഞൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചതിനാൽ പുറമു പറഞ്ഞാലൊക്കെ എന്ത് പറയും അരിയുന്നത് കപ്പ അല്ലെങ്കിൽ അറിയുന്നിൽ വിത്താദത്ത് എന്നൊക്കെ പറയും അതിന് ഉദാഹരണം പറയാം പറഞ്ഞു ഇത്ര പറഞ്ഞാൽ എന്ന് പറഞ്ഞു നോമിനെപ്പറ്റി തുന്നോടോ കുടിച്ചോടോ എത്ര വരെ കറുത്ത ചരടിൽ നിന്ന് ഉടത്ത ചരട് വെളിപ്പെടുന്നത് വരെ എന്ന് പറഞ്ഞു ർക്ക് നേരെ അർത്ഥം കൊട്ട് വെച്ചു എന്നിട്ട് കറുത്ത കേരളം വെളുത്ത കേടും പിരിച്ചിട്ട് തിളക്കം പത്ത് വെച്ചിട്ട് ഇടക്ക് അടുത്ത് എടുത്തു നോക്കുമ്പോഴും നേരെ അട്ടൈം വയ്ക്കാനായി കുന്ന അവസാനിച്ചോ അപ്പൊ ഏഴോണി കഴിഞ്ഞാൽ കുന്നവർക്ക് സമീപം പാചിക്കില്ല ബാതിൽ എടുത്തിട്ടിരിക്കും എടുത്തു എനിക്ക് തെളിയില്ലല്ല അപ്പൊ ചെറുക്കത്തിന് ഹൈത്തുള്ളിന് അസുപത് ഏതാണ്ട് രാത്രിയിൽ ഇരുട്ട് ഹൈത്തുള്ളിൽ അഭിയന്നോ ഭജന്റെ പ്രകാശം അപ്പൊ ഭജലാം തവരെ മുന്നോണി കുടിച്ചോളി അവിടെ വേണ്ടത് കൊറച്ച് നേർക്ക് നേരെ അർത്ഥം കൊടുത്തപ്പോൾ നബീ സഹീസ് എന്ന് പറഞ്ഞു നമുക്ക് അലാഹിരി അദീബിന് ഹാസീപ നാഹിത പോലെ അർത്ഥം വെച്ചിട്ടോ അപ്പൊ തനത്ത വിഷാദത്തി തലക്കാന്റെ അടിയിൽ രണ്ട് ഹൈത്ത് വെച്ചു ഒരു കറുത്തവും ഒരു ബെൽസിയും അപ്പൊ ഞാനെ എന്തു അത് രണ്ടിലേക്കും നോക്കാൻ തുടങ്ങി ഏതാ തെളിയുന്നു ഇടയ്ക്കിടയ്ക്കാൻ നോക്കൂ കറുത്തെന്ന് വെളുത്ത് തെളിയുന്നുണ്ടോ തെളിയുന്നവരെ അപ്പൊ ഒമ്പത് മണി ഞാൻ തിന്നാൻ മോക്കുരു ഇതിട്ട് അങ്ങനെ തിന്നാൻ തുടങ്ങി അത്ത അത്ത ഹനുമാനെല്ലാഹറിനും വെളിപ്പെടേണ്ട വരെ തിന്ന് അപ്പൊ പകലായി ഫലമ്മ കാലതാഴിക്കലി നബീസൊന്ന അലീബ് സല്ലമ്മ തങ്ങളോട് ഈ വിഷയം പറഞ്ഞപ്പോ കാല തങ്ങൾ പറഞ്ഞു ഇന്ന കഥ അലീബു കപ്പു ഈ കാര്യം പണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളാവുന്നു وفي رباطن إنه لساذك إذى اللعين والأغني من دلد لساذة الرئيس العنم على بعض التقبيلات التقبيلات حديثنا نحن ذلك إلي الله عن الجوهر باللعراض ونالعراض إي جوهران دا والجوهر هناك إناية لحماء يبرقى باطن إخذنا والسنة صنع بارتان جوهر والعراض that റാവുന്ന വണ്ടി ഏറാവുന്ന അത് നമുക്കറിയാലോഹരും അമ്പത് അളവല്ലത് എനിക്കളവ് അന്നത്തെ നിർമ്മാണം നടപടിയത് കൊണ്ട് പിന്നെ കൂടുതൽ അറുന്നവണ് മുത്തായിട്ടേ ഉണ്ടാവുള്ളൂ الا لن ينفع ما قال يعني ان الله العذب قاض ما لي 2 سمان باقي اول ارضي يقول الرب يالله انكم تمكت ايها المعارض من الثين واللقات وانت في سكات الغفلات و بين جاهر لا تسمع الخطاب ولا ينفوا فيك الخطاب كلا وما متورينك ഒന്നാമത്തെ പൂരി നീ എത്ര കാലമാണ് മൊഹാനിതായി കഴിഞ്ഞുകൂടുക എത്ര കാലം ഔക്കാത്തുകൾ നീ കൊപ്പലത്താകുന്ന മത്തിയായി ജാഹിദായി ഇതാവിനെ കേൾക്കാതെ ഈ ഇതാബ് നിനക്ക് പരിചയമില്ല പാനിയായ അറബുകൊണ്ട് നീ ചോലായി അനിൽ മായം ആ يوهنا تطفي أما تظما قوله هو تعالى يوم لا ينفع مال ولا منون إلا من اتقى بقلب سليم ان ما لم بذون منك بغاراتن تو لا فسليما يا قلبهودي اللهനെ കണ്ടുമുട്ടിയവരല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് इलाكم تبقا غالي الطبيعي علينا الخطا രീതി ഉണ്ടാകുമ്പോ ഒന്നെ പുറത്തും രീതി വേണല്ല അപ്പൊ അണിയത്ത ആയിട്ട് കാര്യം തിരിയാത്തവനായിക്കൊണ്ടെന്ന് എത്ര കാലം കഴിഞ്ഞുകൂടും എന്ന് ജിസ്മിക്കല്ല രീവ മാറണമെന്നില്ല തനാൽ നാച്ചിന്മി എപ്പോഴും പാത്രം ഭവിക്കുന്ന നിന്റെ ജിസ്മിന് നന്നാക്കമ്പി ഏർപ്പെട്ടിരിക്കുന്നു ലാഹി എന്നിസലായി ജൗഹരി റോഹിക്കാവ കൽവിക്ക عند قلبهم أعظم جوهرنا وما كنت تفلحه يا عماري لا عندما يتعلم جوهرنا إسرائيل قلبان سبب النعيم على الدباب والبقاء قال كارم سامسكو قال لنا نعيم لكارنا معنا بي هذا قال نفبادر أيها الجاهل إلى دباء قلبك നിന്റെ കണ്ടിന് ചികിത്സകളിലേക്ക് നീ ഉണരുകിലേക്ക് ചാടി വീഴുന്നതിന് മുമ്പായിട്ട് വാൻ തലിക്കമേൽ ലോകങ്ങളാലും അമ്പാവിനാലും ഈ ഹാലിൽ നീ ആയിരിക്കവേ മരണം നിന്റെ പിടിപൊളിക്കൊണ്ടു ഹാത്തിനു ഇല പരാതി നഷ്ടിക്കേണ്ടി തൗപത്തിമന്നതം െ കലാശാക്കലിലേക്ക് നീ ഉണർന്ന് പ്രവർത്തിക്കുകൊണ്ടും കലാപമാണോ കപില അന്തമാ നീ ലദാമത്തിൽ ഖേദിക്കുന്നതിന് മുമ്പ് എത്തരത്തിൽ വലായം പൗക്കുന്നതമോ خيانا من القلب والدينيه الله را قد ذالت لك القدم قال للمهي من غيث النور وان تدف هما آنا بالنفسي أنت ابتاء هما آنا بالقلبي أن يطلعا يكلي أليه داخلاء يكلي أليه نفيره نفسه اكلاعه نفسه تقني الزمان ولا مطمئ لما قضم الله من نوعي رتعا تقمنا الزمان فيا حسرة لما خاتم اليوم وما ميعا نفسي عارف الليوء تحتعى هذا بحيط رعاً سؤال لله ألم يقيم الذين آمنوا عندها قلوبهم ملكي الله وما نظر من الهتم ിൽ കമ്പി കണ്ടായിട്ടില്ലയോ അങ്ങനെ ആ ദോഷങ്ങളിൽ ഇന്ന് വിചരിക്കാനായിട്ടില്ലയോ രമാനത കഴിഞ്ഞുപോകുകയാണെ പല മാത്രമാവും ഇനി